രി ഓ ജന്മാദ്യന്വയാതി തരശ്ചാഷ്ഞസ്വരാട്ട് തേനേബ്രഹ്മഹൃതികവഹ്യംസൂരയ തേജോ വരി മൃഗം യഥാവിനിമയോ എത്രസർഗോ മൃഷാ ാ സ്വേന സദാ നിരസ്തകുഹകം സത്യ പരം ധീമഹർമ്മജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാം വേദ്യം വാസ്തവമത്ര വസ്തുശിവതാത്രമൂല ശ്രീമദ്ഭാഗവത്തെ മഹാമുനിംവാ പരൈ ഈശ്വര സദ്യോ ഹൃദ്യവരുതി ശുശ്രൂഷിസ്ഥക്ഷണാ നിഗമകൾതരോർഗളിതം ഫലം ശുഖമുഖാമൃതദ്രവ സംയുത്തഗവതമാലയ മുഹുരഹോര ഭുവി ഭാവുക്കാ യം പ്രവ്രജന്തേതമപേതകൃത്യം ദ്വൈപായോ വിരഹ കാതര പുത്രേതി തന്മയതയാ തോഭിനേദു തൂതഹൃദയ മുനിമാനത്തുവാനുഭാവമിളശ്രുതിസാരക അധ്യാത്മദീപർഷതോന് സംസാരിണ കരുണയാഹ പുരാണ ഗുഹ്യം തം വ്യാസസൂനു മുപയാമി ഗുരുമുനീന സച്ചിദന്ദയ വിശ്വോത്പത്തേതേ താപത്രയ വിനാ ശ്രീകൃഷ്ണ വയ നു കൃഷ്ണ വാസുദേവാ പരമാത്മന പ്രണതക്ലേശനാശോവിയ നമോ നമ കുദേ ദകീനന്ദനഗോപകുമാമോ നമ നമു പങ്കജനാഭാ നമ പങ്കജമാലി നമു പങ്കജനേത്രയ നമസ്തേ പങ്കജാഘ്രേ പീതംബരം കരവിരാജിത ശക്ോദി സരസിജും കരുണാ സമുദ്രം രാസമതിസുന്ദരമന്ദസയേശമനിശം ഹൃതി ഭാവയാേയം സദാ പരിഭവഗ്രമഭീഷ്ടോഹം തീർസ്പദിവരിജിത ശരണ്യം വൃത്തിയാർത്തിഹം പ്രണതപാഭഭവാധിപൂതാപുരുഷത്തെ ശരണാരദ േ തയക്ുതുദുസ്ത്യജസുരേസിതരാജ്യലക്ഷ്മീധർ ആര്യഭജസാദരണ്യാമൃഗം ദൈതയ്പ്സിതമന്വധാവേ മഹാപുരുഷത്തെ ചരണാരവിന്ദിശം ഭജതി കിം പുരുഷാകർഷി സംസേവി ഹനുമതൃഭക്തിഭാജ സീതരാമ പരമാത്ഭുതൂപീ രാമാത്മകൻ പരിപാടി വിഷോ ഹരേ നമവിമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ോവിന്ദഭുജഗരവ കൂരു ധവാറോ ഭീക്ഷണോനലാസോ രാജൻ ഇന്ദ്രിവാൻമുക്കുന്ദരണുജം നവോ മൃത്യുപയോത്തമീ भगवत ഭഗവത്ഭക്തി അമൃതാനുഭവമാണ് ഭഗവാൻ മുക്തി ദാതി സ്മ नतु നതു ഭക്തിയോഗം എന്നൊരു ശ്ലോകം പഞ്ചമസ്കന്ധത്തിൽ ഉണ്ട് മുക്തിയെ ഭഗവാൻ കൊടുക്കും ഭക്തിയെ കൊടുക്കില്ല പലർക്കും മുക്തി കിട്ടി ഹിണ്യകശിപുവിനും മുക്തി കിട്ടി കംസനും മുക്തി കിട്ടി ഭഗവാനെ വെറുക്കുന്നവർക്ക് പോലും മുക്തി കിട്ടി പക്ഷെ ഭക്തി ജീവിച്ചിരിക്കുമ്പോ ശരീരത്തിൽ ഇരിക്കുമ്പോ ഉള്ള അനുഭവമാണ് ഭക്തി അത് തന്നെയാണ് എന്ന് പറയുന്നതും യഥാർത്ഥ ഭക്തൻ തന്നെയാണ് മുക്തൻ ഭക്തി എന്ന് വെച്ചാൽ നിത്യനിരന്തരമായ ഭഗവത് സാമീപ്യ അനുഭവം അങ്കോലം എന്നൊരു മരം ആ മരത്തിന്റെ കായ മരത്തിൽ പൊട്ടി ചുവട്ടൽ വീണാൽ മണ്ണില് സ്പർശിക്കുമ്പോഴേക്കും ചാടി ചാടി ചാടി പോയിട്ട് മരത്തിൽ ഒട്ടിപ്പിടിക്കും ഭക്തന്റെ ഭക്തി ആരംഭിക്കുമ്പോ ഭഗവാനെ വിട്ട് അൽപ്പം മറന്നാൽ പോലും വിട്ട് പിരിഞ്ഞാലും വീണ്ടും തിരിച്ച് ഈ അങ്കോലത്തിന്റെ കായ പോലെ വന്ന് ഒട്ടിപ്പിടിക്കും എന്നാണ് ശങ്കരാചാര്യസ്വാമികൾ ഭക്തിയെ ഡിഫൈൻ ചെയ്യാണ് ശിവാനന്ദലഹരി നാലോ അഞ്ചോ ഉദാഹരണങ്ങൾ അങ്കോലം നിജ ബീജസന്തതി അയസ്കോപലം സൂചിക സാധ്വീ നൈജവിഭു ലതാക്ഷിതിരുഹം സിന്ധുസരിദ്വല്ല ോഹ യഥാ പശുപത്തെയ ചേ വൃത്തിരുപേത്തി തിഷത്തി സദാ സാ ഭക്തിരി അങ്കോലം നിജബീജസന്തതി അങ്കോലവൃക്ഷത്തിന്റെ ബീജം അത് ആ കാ ചില ആയുർവേദ മരുന്നിനുവേണ്ടി എടുക്കും എടുക്കണമെങ്കിൽ ഭൂമിയിൽ ചാരം വിരിച്ചിട്ട് ചാരം നിറച്ചിട്ടിട്ട് ആ കായ എടുക്കും കായ വീണു കഴിഞ്ഞാൽ മരത്തിൽ ഒട്ടിപ്പിടിക്കാതിരിക്കണമെങ്കിൽ ചാരം ഭൂമിയില് വിരിക്കും ആ കായ മരത്തിൽ ഒട്ടിപ്പിടിക്കുന്ന പോലെ മനസ്സ് പുറമേക്ക് പോകുന്നില്ല ഭക്തന്റെ മനസ്സ് എവിടെയെങ്കിലുമൊക്കെ പുറമേക്ക് പോയാൽ വീണ്ടും ചാടി പിടിക്കും ഈ ചാടി ചാടി പിടിക്കും മരത്തില് ഈ ചാടി പിടിക്കുന്നത് എന്തിന്റെ സ്വഭാവ കൊരങ്ങിന്റെ അല്ലേ ഭക്തി ആരംഭത്തിൽ കൊരങ്ങൻ തള്ളക്കൊരങ്ങനും കുട്ടിക്കൊരങ്ങനും പോലെയാണ് മർക്കട കിശോരന്യായം എന്ന് പറയും മർക്കട കിശോരൻ കൊരങ്ങുകുട്ടി തള്ളക്കൊരങ്ങന്റെ അമ്മയുടെ വയറ്റിൽ അള്ളി പിടിച്ചുകൊണ്ടിരിക്കും പിടിവിട്ട ചോട്ടിൽ വീണുപോകും എഫേർട്ട് മുഴുവൻ ഈ കുട്ടിക്കൊരങ്ങിന്റെ അതുപോലെ ഭക്തി നമ്മൾ ആരംഭിക്കുമ്പോൾ എഫേർട്ട് മുഴുവൻ നമ്മളുടെയാണ് ഭഗവാന്റെ ആരംഭിക്കുമ്പോൾ ഭഗവാന്റെ കൃപയെ ഒന്നും കൃപയുടെ പ്രവർത്തനമൊന്നും നമുക്കറിയില്ല ഭക്തി ആരംഭിക്കുമ്പോ ഞാൻ ഇത്ര ജപം ചെയ്യണം പൂജിക്കണം വ്രതാനുഷ്ഠാനം ചെയ്യണം സത്യസന്ധനായിട്ടിരിക്കണം ഏകാന്തത്തിൽ വസിക്കണം ഒരു ദിവസം ചെയ്യേണ്ട ജപം എന്തു ആ ജപാനുഷ്ഠാനങ്ങൾ ചെയ്തിരിക്കണം ഭഗവാനെ ധ്യാനിക്കണം ഭക്തിയിൽ ഒരു അപരാധം വന്നു പോകരുത് ഭഗവത് കൈങ്കര്യത്തിൽ ഒരു അപരാധം വന്നു പോകരുത് അപരാധം വന്നുപോയാൽ ഈ കുട്ടിക്കൊരങ്ങിനെ പോലെ ഭക്തിമാർഗത്തിൽ നിന്നും വീണുപോകും നമ്മളെ ഭഗവാൻ പിടിക്കില്ലേ എന്ന് വെച്ചാൽ നമ്മൾ എത്ര കാലം നമ്മളുടെ എഫർട്ടിനെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നു അത്ര കാലം ഭഗവാൻ നീ നിന്നെ വിശ്വസിക്കുന്നു അത് നൻറെ ഫുൾ റെസ്പോൺസിബിലിറ്റി അത് ഈ കുട്ടിക്കൊരങ്ങിനെ പോലെ രണ്ടാമത്തെ അവസ്ഥ പൂച്ചക്കുട്ടിയെ പോലെയാണ് അയസ് കാന്തോ പലം ഉദാഹരണം കാന്തവും സൂചിയും സൂചിയെ കാന്തം ആകർഷിക്കുന്നു സൂചിക്ക് കാന്തത്തിനടുത്ത് പോവാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല കാന്തത്തിന്റെ ആകർഷണത്തിൽ സൂചി പെട്ടുപോയിരിക്കുന്നു അതുകൊണ്ട് സൂചിയെ കാന്തം ആകർഷിക്കുന്ന പോലെ ഹൃദയം ഭഗവാനാൽ ആകർഷിക്കപ്പെടുന്നു നമ്മളുടെ ഹൃദയത്തിലിരിക്കുന്ന ഭഗവാൻ നമ്മളുടെ മനസ്സിനെ ഹൃദയത്തിലേക്ക് ആകർഷിക്കുന്നു കാന്തം സൂചിയെ ആകർഷിക്കുന്ന പോലെ അപ്പൊ ഈ സൂചിക്ക് സ്വാതന്ത്ര്യം ഇല്ല ഗോപസ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല ഭഗവാൻ കൃഷ്ണന്റെ അടുത്ത് പോവാതിരിക്കാൻ ഗോപികകൾക്ക് സ്വാതന്ത്ര്യം ഇല്ല അസ്വതന്ത്രർ ദാസികാഹ എന്നാണ് അവർ പറയുന്നത് അസ്വതന്ത്രരാണ് അതുപോലെ മനസ്സ് ധ്യാനത്തിൽ പ്രവേശിക്കുന്നത് രണ്ടാമത്തെ അത് പൂച്ചക്കുട്ടിയെ പോലെ പൂച്ചക്കുട്ടി കൊരങ്ങനെ പോലെ പിടിക്കില്ല എവിടെയെങ്കിലും ഒക്കെ പെറ്റിട്ട് കഴിഞ്ഞാൽ ആ പൂച്ചക്കുട്ടി എവിടെ കിടന്ന് മ്യാവും യാവും മ്യാവും പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ പൂച്ചക്കുട്ടി ഹിന്ദിയിലാണ് അത്രേ പറയണത് മേ ആവും മേ ഞാൻ വരട്ടെ ഞാൻ വരട്ടെ അമ്മ പൂച്ച വന്ന് എടുത്തോണ്ട് പോകണം അത് ഒരു അവിടെ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കും അതുപോലെ ഭക്തനും കരഞ്ഞുകൊണ്ടിരിക്കും ഭക്തന്റെ കരച്ചിലെന്താ നിത്യം ഉള്ള കരച്ചിലെന്താ ജപം ഭഗവാന്റെ നാമത്തിനെ ജപിച്ചുകൊണ്ടിരിക്കും ബാക്കി നോക്കണ്ട ചുമതലയൊക്കെ ഭഗവാന്റെ നമ്മളുടെ റെസ്പോൺസിബിലിറ്റി മുഴുവൻ ഈശ്വരൻ ഏറ്റെടുത്തിരിക്കുന്നു ഇത് രണ്ടാമത്തെ മാർഗം പൂച്ചക്കുട്ടി അയ്യസ് കാന്തോ പലം സൂചിക്കാം സാധ്വി നൈജപിബും ഒരു പതിവ്രതയായ സ്ത്രീ തന്റെ പതി ദൂരത്തെവിടെയെങ്കിലും ഒക്കെ പോയാൽ തിരിച്ചു വരുമ്പോ തിരിച്ചു വരുന്ന പേരെ അനുസന്ധാനം ചെയ്യും വല്ല പരിശ്രമം വേണോ ഗുരുവായൂരപ്പനെ ധ്യാനിക്കണം എന്ന് പറഞ്ഞാൽ വിട്ടലിനെ ധ്യാനിക്കണം എന്ന് പറഞ്ഞാൽ അല്ല ശിവനെ ധ്യാനിക്കണം എന്ന് പറഞ്ഞ ഫോട്ടോ ഒക്കെ മുമ്പിൽ വെച്ച് ജപമാല വെച്ച് ഇടക്കിടക്ക് രൂപം നോക്കി അല്ലെ ഭർത്താവിനെ ധ്യാനിക്കാൻ വല്ലതും വേണോ ഭാര്യയെ ചിന്തിക്കാൻ വല്ലതും വേണോ ഭർത്താവിന് നാച്ചുറലായിട്ട് മനസ്സങ്ങോട്ട് പോകുന്നു കാരണം അതിൽ ആസക്തി ഉള്ളതുകൊണ്ട് പരിശ്രമവും ഇല്ല അതുകൊണ്ട് പതിവ്രതയായ ഒരു സ്ത്രീക്ക് പതിയോടുള്ള പ്രിയം പോലെ ഭഗവാനോട് ഒരു പ്രിയം നൈജവിപും ഇവിടെ ദ്വൈതമാണ് സാദ്വീ നൈജവിപും ഭർത്താവ് വേറെ ഭാര്യ വേറെ അവർക്ക് തമ്മിലുള്ള ബന്ധം പ്രിയമാണ് ലതാ ക്ഷിതിരൂഹം വിശിഷ്ടാദ്വൈതം വള്ളി മരത്തിൽ ചുറ്റിക്കിടക്കുന്ന പോലെ വള്ളിക്കൊടി മരത്തിൽ ചുറ്റിക്കിടക്കുന്ന പോലെ മരത്തിനോട് ചേർന്നിരിക്കുന്നു എന്നാൽ വിട്ടു നിൽക്കുകയും ചെയ്യുന്നു ലതാ ഭക്തി രണ്ടാമത്തെ പടിയിലെത്തുമ്പോ വള്ളി മരത്തിൽ പിണഞ്ഞു നിൽക്കുന്ന പോലെ ഭഗവാനെ വിട്ട് പിരിയാതെ നിൽക്കും എന്നാൽ ഒരു ദ്വൈതഭാവം ഉണ്ടതാനും സിന്ധുഹൂ സരിദ്വല്ലഭം ഒരു നദി സമുദ്രത്തിൽ ചെന്ന് ചേരുന്ന പോലെ നദി സമുദ്രത്തിൽ ചെന്ന് ചേർന്നാൽ ഗംഗാ എന്ന് പറയാം വയ്യ കാവേരി എന്ന് പറയാം വയ്യ നർമ്മദ എന്ന് പറയാം വയ്യ സമുദ്രമേ ഉള്ളു യഥാദ്യമാന സമുദ്രേ അസ്തം ഗി നാമൂപേ വിഹായ തധാ വിദ്വാൻ നാമൂപി വിമുക്ത പരാഷമുപൈതി ദിവ്യം ഉപനിഷത്ത് പറയുന്നു യഥാ നദ്യന്തമാനാഹ് സമുദ്രേ അസ്തം ഗി നദികൾ സമുദ്രത്തിൽ അസ്തമിച്ചാൽ നാമമില്ല രൂപമില്ല എല്ലാം പോയി അതുപോലെ ഭഗവാനിൽ ഐക്യം പ്രാപിച്ച ഭക്തൻ തന്റെ നാമം രൂപം വ്യക്തിത്വം എല്ലാം നഷ്ടപ്പെടുത്തി ഭഗവത് സ്വരൂപം മാത്രം അവശേഷിക്കുന്നു ഈശാവാസ്യം ഇതം സർവം ഇത് ഭക്തിയുടെ പരമകാഷ്ട അപ്പോ ഭക്തി പരിപൂർണ അദ്വൈതാനുഭവത്തിൽ അവസാനിക്കും ഭക്തിയിൽ അവസാനമില്ല നിരന്തര അനുഭവമാണ് നിരന്തര രസാനുഭവമാണ് അത് അവസാനിക്കുകയില്ല അത് തുടർന്നു തുടർന്നു തുടർന്നു പോകും ആ ഭക്തിയെ ഒരു ജീവൻ സ്വന്തമാക്കിയാൽ ഭഗവാൻ ജീവിതത്തിൽ നിരന്തര അനുഭവമായിട്ട് തീരുന്നു അവൻ ഗൃഹസ്ഥനാവട്ടെ സന്യാസിയാവട്ടെ ബ്രഹ്മചാരിയാവട്ടെ വാനപ്രസ്ഥനാവട്ടെ സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ ചെറിയ കുട്ടിയാവട്ടെ വൃദ്ധനാവട്ടെ ആരുവേണെങ്കിലും അയാള് ഏത് വയസ്സുള്ളവനോ ഭാഗവതത്തിൽ അതുകൊണ്ട് എല്ലാറ്റിനും എക്സാമ്പിൾ ഭഗവത്ഗീത ഒരു പുസ്തകം മതി ഭാഗവതം വേണ്ട ഗീതയോടെ അവസാനിപ്പിക്കാമായിരുന്നു പിന്നെ എന്തിനു ഭാഗവതം എഴുതി എന്ന് വെച്ചാൽ ഭഗവത്ഗീത പഠിച്ച പല ആളുകളും പറഞ്ഞു ചിലരുടെ അഭിപ്രായത്തിൽ ഇത് സന്യാസികൾക്കേ പറ്റുകയുള്ളൂ വേറെ ചിലർ പറഞ്ഞു ഇത് വയസ്സായ ആളുകൾക്കേ പറ്റുകയുള്ളൂ വേറെ ചില ആളുകൾ പറഞ്ഞു ഇത് ബ്രാഹ്മണർക്കേ പറ്റുകയുള്ളൂ വേറെ ചില ആളുകൾ പറഞ്ഞു മനുഷ്യജന്മം കിട്ടിയാൽ അത് വളരെ ശ്രേഷ്ഠമാണ് അതുകൊണ്ട് മനുഷ്യൻ എല്ലാവർക്കും സാധ്യമാണ് അപ്പോ വ്യാസ ഭഗവാൻ ഗീതയെ ഒന്ന് വ്യാഖ്യാനിക്കണം എന്ന് തീരുമാനിച്ചിട്ടാണ് ഭാഗവതം എഴുതിയത് ഭാഗവതത്തിൽ ആരൊക്കെയാണ് ഭക്തന്മാര് പ്രഹ്ലാദൻ എന്ന് പറഞ്ഞൊരു കുട്ടി ആ കുട്ടിക്ക് എവിടുന്ന് ഭക്തി കിട്ടി ഒരു ചെറിയ കുട്ടിക്ക് നമ്മൾ ഭക്തി കിട്ടിയാൽ എന്തു പറയും അച്ഛൻ അമ്മ മുത്തശ്ശൻ പരമ്പരയായിട്ട് ഭക്തന്മാരായതുകൊണ്ട് ആ കുട്ടിക്ക് ഹെറിഡിറ്ററി ആയിട്ട് ഭക്തി കിട്ടി എന്ന് പറയും അല്ലെ ഇവിടെ അച്ഛൻ ആരാ നാട്ടിൽ ഒരിടത്ത് ഒരു ഫോട്ടോ വെക്കാൻ പാടില്ല എന്ന് പറയുന്ന ആളാണ് ഒരു പൂജ ചെയ്യാൻ പാടില്ല നാമം ജപിക്കാൻ പാടില്ല ഭക്തി ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഹിരണ്യകശിപു അച്ഛൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോ ഭക്തി വന്നു എന്ന് വെച്ചാൽ ധ്രുവൻ ഉദാഹരണം ഇത് ചെറിയ കുട്ടിയായിരിക്കുമ്പോ അല്ല ഗർഭത്തിലിരിക്കുമ്പോ ഭക്തി അതിന് പ്രഹ്ലാദൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോ പറഞ്ഞുകൊടുത്താൽ ഇത് മനസ്സിലാവോന്ന് സംശയമുണ്ടോ ധ്രുവൻ മരിക്കുന്നതിനു കുറച്ചു മുമ്പ് സ്വസ്വരൂപത്തിൽ നിന്നുകൊണ്ട് ശരീരം ഉപേക്ഷിക്കുന്ന കടുവാങ്കൻ പരീക്ഷിത്ത് രാക്ഷസകുലത്തിൽ ജനിച്ച വൃത്രൻ സ്ത്രീയായിട്ടുള്ള ദേവഹൂതി ഗോപസ്ത്രീകൾ എന്തിനു പറയണു മനുഷ്യജന്മമേ വേണ്ട എന്ന് പറഞ്ഞു ഒരു ഗജേന്ദ്രൻ ഒരാന എത്രയോ പശുക്കള് ഇവരൊക്കെ തന്നെ ഈ ഭക്തിയെ നേടി എന്നുവെച്ചാൽ ഭഗവത്ഗീതയ്ക്ക് വ്യാഖ്യാനം എഴുതിയതാണ് വ്യാസഭഗവാൻ ഈ ബ്രഹ്മവിദ്യ ആർക്കും ഒതുക്കപ്പെട്ടതല്ല എല്ലാവർക്കും സാധ്യമാണ് എല്ലാവരും വരട്ടെ ഇന്നലെ പാടിയില്ലേ തായുമാനവ സ്വാമികളുടെ പാട്ട് ചേരവാറും ജഗത്തീരെ ഈ ശരീരം വീഴുന്നതിനു മുമ്പ് ഈ ജഗത്തിലുള്ളവരൊക്കെ വരട്ടെ എന്നാണ് അനുഭവിക്കാനായി ഇനി എടുത്ത ദേഹം വിഴും മുൻ ഇൻപുറ്റിയുടെ ശേരവാറും ജഗത്തീരെ ഈ എടുത്ത ശരീരം വീഴുന്നതിന് മുമ്പ് ആനന്ദം അനുഭവിക്കാനായിട്ട് വരൂ എന്നാണ് എല്ലാരും ആരാ ആരു വേണമെങ്കിൽ ആവട്ടെ സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ സത്സംഗത്തിൽ സുലഭം സത്സംഗത്തിലെ സാധുക്കൾ എല്ലാവർക്കും വാരി കൊടുക്കാൻ തയ്യാറായിട്ടിരിക്കും ഇവിടെ നാരദ വസുദേവരെ കാണാനായിട്ട് വന്നു എന്ന് പറഞ്ഞു വസുദേവർ പറയുന്നു നാരദരെ അങ്ങേ പോലെയുള്ളവരുടെ യാത്ര തന്നെ ഞങ്ങളെയൊക്കെ രക്ഷിക്കാനായിട്ടാണ് അച്യുതാത്മനാം ദേവന്മാരുടെ പ്രവൃത്തികൾ ചിലപ്പോൾ സുഖത്തിനായിട്ടായിരിക്കും ചിലപ്പോൾ ദുഃഖത്തിനായിട്ടായിരിക്കും ദേവന്മാര് സൂര്യൻ ഉണ്ട് സൂര്യന്റെ പ്രകാശം ില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല അതേ സൂര്യപ്രകാശം അതിരുകവിഞ്ഞു കൂടുമ്പോ സഹിക്കവയ്യാന്ന് പറയുന്നു അല്ലെ നമുക്ക് മഴ വേണം മഴ അതിരുകവിഞ്ഞാലോ വെള്ളപ്പൊക്കം മഴയെ പെയ്തിട്ടില്ലെങ്കിലോ അപ്പോ വിഷമം ഇങ്ങനെ പ്രകൃതിയിലുള്ള ദേവതകൾ ചിലപ്പോൾ സുഖം തരും ചിലപ്പോൾ ദുഃഖം തരും നമ്മളുടെ കർമ്മത്തിനനുസരിച്ച് അവർ ഫലം തരും ഛായേവ കർമ്മസച്ചിവാഹ സാധവോ ദീനവത്സലാഹ അവരെ ആളുകളുടെ യോഗ്യതയനുസരിച്ച് ദേവന്മാർക്ക് കൊടുക്കും നമ്മൾ പൂജ ചെയ്യുകയാണെങ്കിലും യോഗ്യതയ്ക്കനുസരിച്ച് ദേവാൻ ഭാവയത്താനേന തേദേഹ ഭാവയന്തു വഹ ഭഗവാൻ ഗീതയിൽ പറഞ്ഞു ദേവന്മാർക്ക് കൊടുക്കൂ ദേവന്മാർ നിങ്ങൾക്ക് തരൂ ഇങ്ങനെ പരസ്പരം ഭാവന ചെയ്തുകൊണ്ട് ദേവന്മാരോടും സാധുക്കളുടെ കാര്യത്തിലോ ളോട് സാധവോ ദീനവത്സലഹ് സാധുക്കൾ ആരുടെയും ഗുണം ദോഷമൊന്നും ചിന്തിക്കാറില്ല അവർക്കൊരേ ഒരു ചിന്തയുള്ളൂ അഭിചേത സുദുരാചാര എത്ര എത്ര വലിയ ദുരാചാരിയാണെങ്കിലും അവനെയും കരകയറ്റി വിടണം യമലോകത്തിൽ ഒര മരിച്ചിട്ട് യമന്റെ മുമ്പിലെത്തി യമൻ ആ ആനയെ ചീത്ത വിളിക്കുക പുളിച്ച ചീത്ത യമൻ ആ ആനയോട് പറഞ്ഞു കഷ്ടം നിനക്ക് നാണല്ലോ തന്നെ ഞാൻ ആദ്യം ഒരു എലിയായിട്ട് ജനിപ്പിച്ചു അപ്പ തന്നെ മനുഷ്യൻ കൂടുവെച്ച് പിടിച്ച് വെള്ളത്തിൽ മുക്കിമുക്കി കൊന്നു പിന്നീട് പോട്ടെ ഒരു പൂച്ചയായിട്ട് ജനിപ്പിച്ചു അപ്പ നീ ഒരു മനുഷ്യന് അടിമയായി മനുഷ്യൻ മനുഷ്യന്റെ പുറകിലും യാവും യാവും വിളിച്ചോണ്ട് നടന്നു അതുപോട്ടെ പിന്നെ ഒരു നായായിട്ട് തന്നെ ജനിപ്പിച്ചു മനുഷ്യന് കാവലിൽ അപ്പൊ തന്നെ വളരെയധികം ശക്തിയുള്ള ഒരു ആനയായിട്ട് ജനിപ്പിച്ചു താൻ ഇത്ര വലിയ ശരീരവും തന്നിട്ട് ഒരു മനുഷ്യന്റെ അടിമയായി മനുഷ്യൻ തന്റെ പുറത്ത് കയറി നടക്കുക അടിക്കുക നാണല്ലോ തനിക്കരുന്നു ഈ ആന ഒരു കൂസലും യമനോട് പറഞ്ഞു പത്രേ അതേ നിങ്ങൾക്ക് ഈ മനുഷ്യനെ അറിയില്ല ഒരു മനുഷ്യനെ ശരിക്കും അടുത്തറിഞ്ഞാലേ നിങ്ങൾക്ക് മനുഷ്യന് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് മനസ്സിലാവുള്ളൂ നിങ്ങള് മനുഷ്യനെ അറിയാത്തത് കൊണ്ട് തന്നെ ചീത്ത യമം പറഞ്ഞു അത്ര അതെ അതെ എത്ര മനുഷ്യന്മാരെ എന്റെ മുമ്പിൽ വരുന്നു അപ്പൊ ഞാനറിയാത്തതാണോ അതൊക്കെ ചെയ്യും അതിപ്പോ മരിച്ചിട്ടല്ലേ വരണത് ജീവനോടോ ഒന്നിനോ കൊണ്ടുവന്ന് നോക്കുവ അപ്പോ യമധർമ്മൻ തന്റെ കിങ്കരന്മാരെ ഭൂമിയിലേക്ക് പറഞ്ഞുവെച്ചു ജീവനോട് ഒരു മനുഷ്യനെ പിടിച്ചോണ്ട് വരാനായിട്ട് ഈ യമകിങ്കരന്മാര് ഭൂമിയിൽ ഇങ്ങനെ നടന്നു അവർക്ക് കിട്ടിയത് ഒരു മരത്തിന്റെ ചുവട്ടിൽ ഒരു കട്ടിലിട്ട് ആ കട്ടിലിൽ ഒരു സന്യാസി സാധു മഹാത്മാ കിടന്നുറങ്ങുന്നു ഒരു സന്യാസി കിടന്നുറങ്ങുന്നു അദ്ദേഹത്തിനെയാണ് പിടികിട്ടിയത് കട്ടിലോടെ പൊക്കിക്കൊണ്ടുവന്നു അദ്ദേഹം എഴുന്നേറ്റ് നോക്കി യമകിങ്കരന്മാരാണ് അദ്ദേഹം വേഗം പേപ്പർ പാക്കറ്റുന്നൊരു പേപ്പർ എടുത്തു പെൻസിലുകൊണ്ട് എന്തോ എഴുതി പേപ്പർ മൂടി പാക്കറ്റിൽ തന്നെ ഇട്ടു കടന്നു കൂസ് യമലോകത്തിൽ ചെന്നു ഇദ്ദേഹം ആരാണ് യമൻ ചോദിക്കാണ് ഉടനെ അദ്ദേഹം ഈ കോർട്ടില് ജഡ്ജിന്റെ അടുത്തേക്ക് വല്ല പേപ്പറൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവിടെ ഒരു ഗുമസ്തന്റെ കയ്യിൽ കൊടുത്ത് പോലെ ഈ പേപ്പർ എടുത്തൊരു ഗുമസ്തന്റെ കയ്യിൽ കൊടുത്തു ആ ചിത്രഗുപ്തൻ യമന്റെ അടുത്ത് പേപ്പർ കൊടുത്തു പേപ്പർ വായിച്ചോണ്ട് യമൻ എഴുന്നേറ്റ് സല്യൂട്ട് ചെയ്തു വരൂ ഇവിടെ വന്നിരിക്കും എന്താ പേപ്പറിൽ എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ യമധർമ്മൻ അറിയാനായിട്ട് വിഷ്ണു ഭഗവാൻ എഴുതുന്നത് ഈ വരുന്ന ഭക്തൻ എന്റെ ആളാണ് ഞാൻ പറഞ്ഞയക്കയാണ് അതുകൊണ്ട് ദയവചെയ്ത് അങ്ങയുടെ സീറ്റ് ഒഴിഞ്ഞുകൊടുക്കുക ഇദ്ദേഹമായിരിക്കും ഇനി കുറച്ചു ദിവസം കാര്യങ്ങൾ നോക്കുക യമൻ ഈ പേപ്പർ വായിച്ചതും അദ്ദേഹത്തിനെ പിടിച്ചവിടെ ഇരുത്തി സല്യൂട്ട് സല്യൂട്ട് ചെയ്തു യമൻ വശത്തിരുന്നു അദ്ദേഹം യമന്റെ സ്ഥാനത്തില് കുറച്ചുനേരം കഴിഞ്ഞപ്പോ ഒരു ആളെ വലിച്ചു കൊണ്ടുവന്നു യമകിങ്കരന്മാർ ഇയാൾ ചെയ്ത തെറ്റെന്താണ് ഇയാൾ പത്ത് പേരെ കൊന്നു ചിത്രഗുപ്തൻ ഇയാളുടെ തെറ്റുകളൊക്കെ വായിച്ചിട്ട് പറഞ്ഞു ഇയാളെ ഏത് നരകത്തിലേക്കാണ് അയക്കേണ്ടത് യമൻ പറഞ്ഞു ഈ യമസ്ഥാനത്ത് ഇരിക്കുന്ന ഈ സാധു അദ്ദേഹം പറഞ്ഞു ഇദ്ദേഹത്തിന് നേരെ വൈകുണ്ഠത്തിൽ അയക്കുക ഏ ഞാൻ പറയണ് ഞാനാണിപ്പോ ഇവിടെ സീറ്റിലിരിക്കണത് വൈകുണ്ഠത്തിലേക്ക് അയക്കോ ശരി കൊറച്ചു കഴിഞ്ഞ് വേറെ വന്നു ഇയാൾ എന്ത് തെറ്റാ ചെയ്തത് ഇയാള് ഒരുപാട് കള്ളക്കണക്ക് എഴുതി ഇയാളെ ഏത് നരകത്തിലേക്ക് അയക്കേണ്ടത് നരകത്തിലേക്കൊന്നും വേണ്ട നരകത്തിന്റെ വാതിലൊക്കെ പൂട്ടു വൈകുണ്ഠത്തിലേക്ക് അയയ്ക്കും കുറച്ചു കഴിഞ്ഞ് വേറെ ഒരാള് വന്നു ഇങ്ങനെ വരിവരി വരി വരിയായിട്ട് പാപം ചെയ്തവരൊക്കെ വൈകുണ്ഠത്തിലേക്ക് വൈകുണ്ഠത്തില് വലിയ ക്യൂ ഉള്ളിലെ അക്കോമഡേഷൻ പ്രോബ്ലം വിഷ്ണു ഭഗവാന് തന്നെ ആശ്ചര്യം ഇതെന്താ ഭൂമിയിൽ ഏതെങ്കിലും മഹാത്മാ അവതരിച്ചു ഇത്ര പേര് വൈകുണ്ഠത്തിലേക്ക് ഇങ്ങനെ വരിവരിയായിട്ട് വരണമല്ലോ എന്താ പ്രശ്നം ഒരാളെ പറഞ്ഞയച്ചു നോക്കുമ്പോ എല്ലാം യമലോകത്തിൽ നിന്ന് വരുന്ന വണ്ടിയാണ് ഒരാളെ അയച്ചപ്പോ അയാൾ പറഞ്ഞു യമലോകത്തിൽ പുതിയ ആൾ യമനായിട്ടിരിക്കണു അത് വിഷ്ണു ഭഗവാൻ പറഞ്ഞയച്ചതാണെന്നാണ് പറയണത് അപ്പോ ഭഗവാൻ തന്നെ ആശ്ചര്യം ഭഗവാൻ അങ്ങനെ ചെന്നു വിഷ്ണു ഭഗവാൻ അങ്ങട് ചെന്നു യമനോട് ചോദിച്ചു എന്താ പ്രശ്നം ആ നിങ്ങൾ അയച്ച ആളാണിപ്പോ കുഴപ്പമുണ്ടാക്കി ഞാൻ ആരെയും അയച്ചില്ലല്ലോ അങ്ങനെയാണോ ഇപ്പൊ പറഞ്ഞത് ഇവിടെ വിഷ്ണു ഭഗവാൻ ആ സാധുവിന്റെ അടുത്ത് ചെന്നു തന്നെ ആരാ ഇങ്ങോട്ട് അയച്ചത് അവിടുന്ന് തന്നെ ഞാനോ പിന്നെ അവിടെ നിന്നല്ലാതെ അയക്കുന്നത് ലോകത്തേക്ക് എന്തു പറയാൻ പറ്റും തന്നെ എവിടേക്ക് അയച്ചത് ആരാ അങ്ങേ തന്നെ അങ്ങോ അതെ ലോകത്തിലെ സകല ആളുകളുടെയും കാര്യം നോക്കുന്നതും ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ടതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയ യമന്റെ ഹൃദയത്തിൽ അങ്ങനെ ഒരു തോന്നലുണ്ടാക്കിയതും കിങ്കരന്മാരെ അയച്ചതും എന്നെ തന്നെ പൊക്കി കൊണ്ടുവന്നതുമൊക്കെ അങ്ങല്ലേ അങ്ങ് തന്നെയല്ലേ പറഞ്ഞത് ഭഗവത്ഗീതയില് അതെ ആകട്ടെ ഇപ്പൊ ഇത്രയും ആളുകളെ എന്തിനാ വൈകുണ്ഠത്തിലേക്ക് അയച്ചത് ഭഗവാനേ അങ്ങ് തന്നെ എന്താ സാധുക്കളാണെങ്കിൽ കാരുണ്യമുള്ളവരായിരിക്കണം എനിക്കൊരു ചാൻസ് കിട്ടി ചാൻസ് കിട്ടിയാൽ ആളുകളെ വൈകുണ്ഠത്തിലേക്ക് അല്ലാതെ പിന്നെ നരകത്തിലേക്കാണ് അയക്കുക എനിക്കൊരു ചാൻസ് കിട്ടിയത് കിട്ടിയവരെയൊക്കെ ഞാൻ വൈകുണ്ഠത്തിലേക്ക് അയച്ചു ഇനിയിപ്പൊ ഞാൻ ചെയ്തത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ തിരിച്ചയച്ചോളുക പക്ഷെ ഗീതയിലുള്ള ശ്ലോകമൊക്കെ മാറ്റേണ്ടി വരും യദ്ഗത്വാന നിവർത്തന്ത പരമം മമ ആ ശ്ലോകമൊക്കെ മാറ്റി എവിടെ പോയാലാണോ തിരിച്ചു വരവില്ലാത്തത് ആ സ്ഥാനം എന്ന് വൈകുണ്ഠത്തിനൊരു പേരണ്ടേ ഇനിയിപ്പോൾ അവിടുന്ന് തിരിച്ചയച്ചാൽ ഈ പേര് ദൂഷ്യം വരും അതുകൊണ്ട് വേണമെങ്കിൽ തിരിച്ചയച്ചോളാം ഇത് ഒരു മഹാത്മാ പറയുന്ന കഥയാ എന്തിനാ ഈ കഥ ഉദാഹരണം എന്ന് വെച്ചാൽ സാധവോ ദീനപത്സലാഹ അവര് ഒരാളുടെയും ഗുണവും ദോഷവും യാതൊന്നും നോൽക്കാതെ അഭിചേത് സുദുരാചാര എത്ര ദുരാചാരിയാണെങ്കിലും കരകയറ്റുന്നവരാണ് സാധുക്കൾ ഇത് നാരദനെ നോക്കി വസുദേവർ പറയാണ് ഭഗവാനെ അതുകൊണ്ട് എനിക്ക് ഭാഗവതധർമ്മം പറഞ്ഞു തരാം അങ്ങേപോലെയുള്ള സാധുക്കൾ ലോകക്ഷേമത്തിനായിട്ട് യാത്ര ചെയ്യുന്നു ഭാഗവതധർമ്മം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞുതരാം കൃഷ്ണൻ പുത്രനായി ജനിച്ചില്ലേ എന്ന് വെച്ചാൽ വസുദേവർ പറയുന്നു ഞാൻ ഭഗവാനെ പലവട്ടം തപസ് ചെയ്ത് ആരാധിച്ചു പ്രത്യക്ഷപ്പെടുത്തി പക്ഷെ അപ്പോഴൊന്നും മുക്തിക്കായിട്ട് യാചിച്ചില്ല എനിക്ക് ഭഗവാൻ പുത്രനായിട്ട് വരണം എന്ന് ചോദിച്ചു അതുകൊണ്ട് ഭഗവാൻ എനിക്ക് പുത്രനായിട്ട് കിട്ടി എന്നല്ലാതെ എനിക്ക് ഭഗവത് തത്വം ഇനിയും പിടികിട്ടിയില്ല എന്ന് അഹങ്കില പുരാനന്തം പ്രജാർത്തോഭുവി മുക്തി അപൂജയം ന മോഹിതോ ഭുവി മോഹിതോ ദേവമായയാ ഭഗവാന്റെ വായ എന്നെയും മോഹിപ്പിച്ചു വസുദേവർ പറയാ അതുകൊണ്ട് ഭഗവാനോട് ആത്മതത്വം അറിയണം എന്ന് ചോദിച്ചില്ല ചോദിച്ചിട്ടില്ലെങ്കിൽ ഭഗവാൻ ആർക്കും കൊടുക്കില്ല ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും കൊടുക്കും ആരാണോ എനിക്ക് ആത്മസാക്ഷാത്കാരം വേണം എന്ന് ചോദിക്കുന്നത് അത് എത്ര ദുരാചാരിയാണെങ്കിലും കൊടുക്കാമെന്നാണ് എത്ര സദാചാരിയാണെങ്കിലും ചോദിച്ചിട്ടില്ലെങ്കിൽ സദാചാരിയായിട്ട് തന്നെ അവിടെ ഇരിക്കും കൊടുക്കപ്പെടില്ല അപ്പോ ഇപ്പോഴാണ് വസുദേവർ ചോദിക്കുന്നത് എനിക്ക് ധർമാൻ ഭാഗവതാൻ ബ്രൂത്ത് എനിക്ക് ഭാഗവതധർമ്മം പറഞ്ഞു തരിക ഈ സംസാരത്തിൽ എവിടെ തിരിഞ്ഞു നോക്കിയാലും വ്യസനം കാണുന്നു യഥാ വിചിത്രവ്യസനാത്ഭി വിശ്വേമ്യാതി സുവ്രുവ്രദമഹർഷിക്കൊരു വ്രതം എന്താ വ്രതം എന്ന് വെച്ചാൽ നാരദൻ പറയുന്നു ഓരോ വീട്ടിലും കയറി ദുഃഖിക്കുന്നവരെ ഭഗവത്ഭക്തന്മാരാക്കി മാറ്റണം ഏതെങ്കിലും ഭാവത്തിൽ ഓരോ വീട്ടിലും കയറി അവർക്ക് ഭഗവത് ഭക്തി ഉണ്ടാക്കണം അങ്ങനെ ഒരു വ്രതമെടുത്തവനാണ് നാരദൻ അതുകൊണ്ട് ഹേ സുവ്രതനായ നാരദനെ വിചിത്ര വ്യസനം ഈ സംസാരത്തിൽ എവിടെ നോക്കിയാലും വ്യസനിക്കേണ്ട ആവശ്യമൊന്നുമില്ലെങ്കിലും ആളുകൾ വ്യസനിക്കണം കുറച്ചു കാലം വ്യസനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊരു രോഗമായിട്ട് മാറും വ്യസനിക്കാതിരിക്കാൻ പറ്റില്ല ചിലപ്പോൾ ടെൻഷനൊക്കെ വന്നു കുറെ ടെൻഷൻ ആളുകൾക്ക് കുറച്ച് കഴിയുമ്പോൾ ടെൻഷൻ ഇല്ലെങ്കിലും ഒരു സുഖമില്ല ജ്യോതിഷി പറഞ്ഞു അത്ര നിങ്ങൾക്ക് പതിനേഴ് വർഷം കഷ്ടകാലമാണ് അത് കഴിഞ്ഞാലോ അത് കഴിഞ്ഞാൽ പിന്നെ പഴകിപ്പോയിക്കോളും പിന്നെ അതില്ലാതെ പറ്റില്ല എന്നാവുന്ന ഇതാണ് വിചിത്ര വ്യസനം വ്യസനിക്കേണ്ട കാര്യമില്ലെങ്കിലും വ്യസനിക്കാം വിശ്വത്തോ ഭയാത് ലോകത്തിൽ എല്ലാ വസ്തുക്കളോടും പേടി എങ്ങട് തിരിഞ്ഞാലും ഭയം വിശ്വത ഭയം എന്നാണ് എവിടെ തിരിഞ്ഞാലും നമുക്കൊക്കെ നോക്ക് സംസാരം എന്നുവെച്ചാൽ ജീവിക്കുന്നത് തന്നെ ഭയം ചില കല്യാണം കഴിച്ച ഒരാൾ എന്തിനാ എന്നെ വയസ്സുകാലത്ത് ആരും നോക്കും പേടി കല്യാണം കഴിക്കാൻ ഭയമാണോ കാരണം ഭയന്നിട്ടാണോ കല്യാണം കഴിക്കുക എന്തിനാ വയസ്സുകാലത്ത് ആരും നോക്കും പേടി കല്യാണം കഴിച്ചു കഴിഞ്ഞ ശേഷമോ ഭാര്യയെ പേടി ചിലർക്ക് ഭർത്താവിനെ പേടി ചിലർക്ക് മക്കളെ പേടി ഗവൺമെന്റിനെ പേടി എല്ലായിടത്തും ഭയം സർവ ഭയം എന്നാണ് ഭീതി മോക്ഷാദവീഷിക മോക്ഷം എന്ന് പറഞ്ഞാൽ അതിനെയും പേടിയെന്നാണ് ഭയം ഭോഗേ രോഗഭയം കുലേ ച്യുതിഭയം വിഭയം മാനേ ദൈന്യഭയം ബലേ റിപുഭയം റൂപേ ജരായാഭയം ശാസ്ത്രേവാദിഭയം ഗുണേഖലഭയം േ കൃതാന്താത്ത് ഭയം സർവം വസ്തു ഭയാന്വിതം ഭുവിനൃണാം വൈരാഗ്യമേവ സുഖമായിട്ട് ഭോഗം ചെയ്ത് ജീവിക്കാം എന്ന് തീരുമാനിച്ചാൽ രോഗഭയം രോഗം വരുമോന്ന് പേടി ധാരാളം ഭക്ഷണം കഴിക്കാം കഴിക്കാൻ പറ്റുമോ പേടി ഭോഗേ രോഗഭയം നല്ല കുലത്തിൽ ജനിച്ചാലോ കുലച്ുതി വരുവോന്ന് പേടി കുലേച്യുതി ഭയം ധാരാളം പണമുണ്ടെങ്കിലോ രാജാവിനെ പേടി ഇൻകം ടാക്സ് വിത്തേ നൃപാലാത്ത് ഭയം അഭിമാനിയാണെങ്കിലോ മാനേ ദൈന്യ ഭയം തനിക്ക് അഭിമാനക്ഷതം വരുവോന്ന് പേടി ബലമുള്ള ആള് നല്ല ശക്തനാണെങ്കിൽ റിപുഭയം ശത്രുവിനെ ഭയം ബലേ റിപുഭയം നല്ല സൗന്ദര്യം ഉണ്ടെങ്കിലോ जराया भय वार्धक्यूपे जराया भय नुस्तक शास्त्रों को पढ़ी तेम पढ़ कैटी शास्त्रे वादि भय ने पुग्तीया നല്ല ഗുണമുള്ള ആളാണെന്ന് വെച്ചാൽ അങ്ങനെ നമുക്കൊരു പേഴ്സണാലിറ്റി ഉണ്ടാക്കി തരും ആളുകൾ അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളെ ആരെങ്കിലുമൊക്കെ ദൂഷ്യം പറയോ ദൂഷ്യം പറയോ എന്ന് പേടി ഗുണേ കലഭയം കായേ കൃതാന്താത് ഭയം ശരീരം ഉള്ളത്തോളം കാലം മരണഭയം ഇവിടെ എങ്ങട് തിരിഞ്ഞാലും ഭയം ഭയം എപ്പോ പോകും വൈരാഗ്യമേവ അഭയം അനിത്യമായ വസ്തുക്കൾ ഒന്നും ഞാനല്ല എന്ന് കണ്ട് ഇതൊക്കെ അനിത്യമായ വസ്തുക്കളെയൊക്കെ ഉപേക്ഷിക്കുകയാണെങ്കിൽ ആ പരമവൈരാഗ്യം അഭയം പരീക്ഷിത്ത് മരണഭയം കൊണ്ട് ഗംഗാതീരത്തിൽ വന്നിരുന്ന് പരീക്ഷിത്ത് ഭാഗവതം അവസാനിക്കുമ്പോൾ അവസാനം പരീക്ഷിച്ച് പറയുന്നു പ്രവിഷ്ടോ ബ്രഹ്മനിർവാണം അഭയം ദർശിതം ത്വയാ ഞാൻ ബ്രഹ്മനിർവണ സ്ഥിതിയിൽ പ്രവേശിച്ചിരിക്കുന്നു ഭയമില്ലാത്ത സ്ഥിതിയെ അങ്ങ് കാണിച്ചു തന്നിരിക്കുന്നു അപ്പോ विश्वतो ഭയം എവിടെ തിരിഞ്ഞാലും ഭയം ആ ഭയം നീങ്ങിക്കിട്ടാൻ എന്താ വഴി ആ ഭയം നീങ്ങാനുള്ള മാർഗം എനിക്ക് ശാധി ഉപദേശിച്ചു തരൂ്രത മാർഗം പറഞ്ഞു തരാ അങ്ങനെ നാരദ മഹർഷി തന്റെ പ്രഭാഷണം തുടങ്ങാം നാരദൻ പറഞ്ഞു ഹേ വസുദേവരെ അവിടുന്ന് ചോദ്യം കൊണ്ട് എന്നെ അനുഗ്രഹിച്ചു ലോകത്തിനെ മുഴുവൻ അനുഗ്രഹിച്ചു അങ് ചോദിച്ചതുകൊണ്ട് ഞാനിതാ ഭഗവാനെ സ്മരിക്കുന്നു എന്നാണ് നാരദരെ സ്മരിക്കാനിപ്പോ വസുദേവര് വേണോ സദാ സ്മരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും നാരദമഹർഷി ആ ക്രെഡിറ്റ് വസുദേവർക്ക് കൊടുക്കുകയാണ് ത്വ പരമകല്യാണഹ പുണ്യശ്രവണ കീർത്തനഹം സ്മാരിതോ ഭഗവാൻ അദ്യ ദേവോ നാരായണോ മമ പരമ കല്യാണ പുണ്യശ്രവണ കീർത്തനഹ ചിലത് ശ്രവിക്കാനും കീർത്തിക്കാനും പാപമാണ് ഭഗവാനോ പുണ്യശ്രവണ കീർത്തനഹാം ചിലത് കേട്ടാ തന്നെ പാപം വായുകൊണ്ട് പറഞ്ഞ അതിനേക്കാളും പാപം ചിലതൊക്കെ അല്ലേ ചിലത് ചെവി കൊണ്ട് കേട്ടാ മതി മനസ്സും എല്ലാ അശുദ്ധമാവും വായ കൊണ്ട് പറഞ്ഞാൽ വായ അശുദ്ധമാവും അത് കേൾക്കുന്നവരുടെ മനസ്സും അശുദ്ധമാവും ഭഗവത് വിഷയമോ പുണ്യശ്രവണ കീർത്തന ശ്രവിക്കാനും പറയാനും പുണ്യം ആ ഭഗവാനെ അവിടുന്ന് എന്നെ ഞാൻ പറയാം പുതിയതായിട്ട് എന്തെങ്കിലും പറയാമെന്നല്ല പണ്ട് നടന്ന ഒരു കഥ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴും ഭാഗവത സമ്പ്രദായം എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ പറയാം എന്ന് പറഞ്ഞ് പറയില്ല ഇന്ന ആള് പറഞ്ഞു നമ്മളുടെ ഒരു വ്യക്തിത്വത്തിനെ ഇല്ലാതാക്കാനുള്ള ഒരു വഴിയാണ് സാധുക്കൾ ആരെങ്കിലുമൊക്കെ ഉദ്ധരിച്ച് മഹാത്മാക്കൾ ആരെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് അതിന് ഇവിടെ നാരദ മഹർഷി പഴയ ഒരു കഥ പഞ്ചമസ്കന്ധത്തിൽ വിട്ടുപോയി പ്രിയവർത്തനും ആ പ്രിയവർത്ത വംശത്തിൽ നാഭി എന്നൊരു രാജാവ് വന്നു നാഭിയുടെ പുത്രനായിട്ട് ഋഷഭയോഗീശ്വരൻ വന്നു ഋഷഭയോഗീശ്വരന് നൂറ് മക്കളുണ്ടായിരുന്നു അതിൽ എൺപത്തിയൊന്ന് പേര് തപസ്സുകൊണ്ട് ബ്രാഹ്മണരായിട്ട് തീർന്നു ഒമ്പത് പേർ രാജ്യാധിപതികളായി ഒമ്പത് പേർ യോഗികളായി ഒരാള് ഭരതൻ ചക്രവർത്തിയായി പിന്നീട് മാനായിട്ട് ജനിച്ചു പിന്നീട് ജഡഭരതനായിട്ട് ജനിച്ചു ഇതിൽ ഒമ്പത് പേർ യോഗികളായിട്ട് തീർന്നു ഇവരെ നവയോഗികൾ എന്ന് പറയും ഒമ്പത് യോഗികൾ കവിർ ഹരിർ അന്തരിക്ഷ പ്രബുദ്ധ പിപ്പലായന ആവിർഹോത്രോ ദ്രുമിള ചമസ കരഭാജന കവി ഹരി അന്തരിക്ഷൻ പ്രബുദ്ധൻ പിപ്പലായനൻ ആവിർഹോത്രൻ ദ്രുമിളൻ ചമസൻ കരഭാജനൻ ഈ ഓരോ വാക്കും ഇവരുടെ ജ്ഞാനത്തിനെ കാണിക്കുന്നതാണ് ഇവരുടെ ഓരോ പേരും ഈ ഒമ്പത് പേർ എങ്ങനെയുള്ളവരാണ് അവ്യാഹത്തെഷ്ടയ സുരസിദ്ധസാധ്യ ഗന്ധർവയക്ഷനരകിന്നര നാഗലോകാൻ മുക്തരന്തി മുനിചാരണ ഭൂതനാഥ വിദ്യധര ദ്വിജഗവാം ഭുവനാ നി കാമ അവര് ഭഗവാനെ ആത്മന അവ്യതിരേകേണ പശ്യന്തോ വ്യചരന് മഹീം ഭൂമിയിൽ അവർ സഞ്ചരിച്ചു അവർക്ക് ഭഗവാൻ എവിടെയാണ് ആത്മനഹ അവ്യതിരേഖേണ് ഭഗവാൻ വേറെ ഞാൻ വേറെ എന്നുള്ള ഭാവമില്ല അവരോരോരുത്തരും നടക്കുന്ന ഈശ്വരസ്വരൂപമാണ് ചരിക്കുന്ന ഈശ്വരസ്വരൂപമാണ് ആത്മനഹ അവ്യതിരേഖേണ പശ്യന്ത വ്യചരൻ മഹീം സ്വയം താൻ ശരീരമാണെന്നുള്ള ഭാവമേ അവർക്കില്ല അവർ സിദ്ധയോഗികളാണ് സദാശിവ ബ്രഹ്മേന്ദ്ര सरस्वती സ്വാമികൾ എന്നൊരു മഹാപുരുഷൻ ഉണ്ടായിരുന്നു അദ്ദേഹം ആന്ധ്രാ ബ്രാഹ്മണൻ അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു മഹായോഗിയായിരുന്നു സോമനാഥ യോഗി അവര് ഒരുപാട് തപസ് ചെയ്ത് പത്ത് പതിനാല് വർഷം സോമനാഥ യോഗി അദ്ദേഹത്തിന്റെ പത്നിയും തപസ് ചെയ്ത് ജനിച്ച കുട്ടിയാണ് ശിവരാമകൃഷ്ണൻ എന്നു പേര് ഇത് ഒരു ഇരുന്നൂറ് വർഷം മുമ്പുള്ള ചരിത്രം ഈ ശിവരാമകൃഷ്ണൻ കുട്ടിക്കാലത്ത് മൂന്നു വർഷമാകുമ്പോഴേക്കും അച്ഛൻ ഹിമാലയത്തിലേക്ക് പോയി സോമനാഥ യോഗി ഈ കുട്ടിക്ക് ശിവരാമകൃഷ്ണൻ എന്ന് പേര് വെച്ചു കുട്ടിക്ക് അസാമാന്യ ബുദ്ധിശക്തി ശാസ്ത്രപാണ്ഡിത്യം അഞ്ചു വയസ്സില് ഈ കുട്ടിക്ക് ഒരു ഏഴെട്ട് വയസ്സായപ്പോ ഒരു അഞ്ചു വയസ്സ് പെൺകുട്ടിയെ വിവാഹവും കഴിച്ചു ബാല്യവിവാഹം വിവാഹം കഴിഞ്ഞ് ഇദ്ദേഹത്തിനൊരു പത്ത് പതിനൊന്ന് വയസ്സായപ്പോ തിരുവിശനല്ലൂർ ശ്രീധര അയ്യാബാൾ എന്ന് പറയുന്ന പരമഭക്തൻ ശിവഭക്തന്മാർ ശിവഭക്തനായ ശ്രീധര അയ്യാബാൾ രാമനാമപ്രചാരം ചെയ്യുന്ന നാമബോധേന്ദ്ര സരസ്വതി ഇതൊരു ഗ്രൂപ്പായിരുന്നു ആ സമയത്ത് കാവേരി തീരത്തിൽ രാമനാമത്തിനെ പ്രചാരം ചെയ്തുകൊണ്ട് ഒരു മഹാത്മാ നാമബോധേന്ദ്ര സരസ്വതി അദ്ദേഹം കാഞ്ചിമഠത്തിൽ അന്നത്തെ ശങ്കരാചാര്യരായിരുന്നു പക്ഷെ അദ്ദേഹം രാമനാമത്തിനെ പ്രചാരം ചെയ്തുകൊണ്ട് അതേസമയം ഈ ശ്രീധര അയ്യാവാൾ പരമഭക്തനായ അദ്ദേഹം ശിവനാമത്തിനെ പ്രചാരം ചെയ്തുകൊണ്ടിരുന്നു രണ്ടുപേരും പരമസുഹൃത്തുക്കളായിരുന്നു ഈ ശ്രീധര അയ്യാവാളുടെ അടുത്ത് ചെന്ന് ഈ ശിവരാമകൃഷ്ണൻ പാഠം പഠിച്ചു അദ്ദേഹം മഹാശാസ്ത്ര പണ്ഡിതനുമായിരുന്നു ശാസ്ത്രം പഠിച്ച് മഹാപണ്ഡിതനായിട്ട് മൈസൂർ രാജാവിന്റെ സദസ്സില് സഭയില് പണ്ഡിതനായിട്ട് തീർന്നു രാജാവ് വിളിച്ചോണ്ട് പോയി അസാമാന്യ ബുദ്ധി ശക്തി കുറച്ചു കാലം കഴിഞ്ഞപ്പോ എന്തായി രാജസദസ്സിൽ വരുന്ന പണ്ഡിതന്മാരെ ഒക്കെ വാദിച്ചു തോൽപ്പിക്കാം ഈ പണ്ഡിതന്മാരൊക്കെ ഇദ്ദേഹത്തിനോട് വാദിക്കാൻ ചെന്നവർക്ക് ആർക്കും സംഭാവനയും കിട്ടില്ല രാജാവിന്റെ സമ്മാനവും കിട്ടില്ല ഒരാൾക്കും സർട്ടിഫിക്കറ്റ് കിട്ടില്ല ഇദ്ദേഹത്തിനെ വാദിച്ച് ജയിക്കാനും പറ്റില്ല ഈ ശിവരാമകൃഷ്ണൻ ശിവരാമകൃഷ്ണൻ ശ്രീധരയ്യാവാളുടെ അടുത്ത് പഠിക്കുന്ന കാലത്ത് പരമശിവേന്ദ്ര സരസ്വതി എന്ന് പറയുന്ന ഒരു മഹാപുരുഷൻ അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് ദീക്ഷയും എടുത്തു അന്ന് ശങ്കരമഠത്തില് ശങ്കരാചാര്യരായിരുന്നു ഈ പരമശിവേന്ദ്ര സരസ്വതി അദ്ദേഹം വേറെ ഒരു സ്ഥലത്ത് അപ്പൊ ഈ പരമശിവേന്ദ്ര സരസ്വതി ഇന്ന് ദീക്ഷയെടുത്ത് ശിവരാമകൃഷ്ണൻ ഈ സദസ് മൈസൂർ രാജാവിന്റെ സഭയിൽ പണ്ഡിതന്മാരെയൊക്കെ വാദിച്ചു തോൽപ്പിക്കുകയാണ് അപ്പൊ അതിൽ ഒരു പണ്ഡിതൻ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന പണ്ഡിതൻ പരമശിവേന്ദ്ര സരസ്വതിയോട് വന്ന് പറഞ്ഞു നിങ്ങളുടെ ശിഷ്യൻ മഹാമേധാവി എല്ലാവരെയും വാദിച്ച് ജയിക്കുന്നു പക്ഷേ അവന്റെ ബുദ്ധി മഹാ തപസ് ചെയ്യാനുള്ള ശക്തി തപസ് ചെയ്യേണ്ട ശക്തിയൊക്കെ ഈ വാദിക്കുന്നതിലും മറ്റുള്ളവരെ ജയിക്കാൻ വേണ്ടി അറിവ് ശേഖരിക്കുന്നതിലും തന്നെ പോയിക്കൊണ്ടിരിക്കണു അത് അന്തർമുഖമായിട്ട് തിരിഞ്ഞാൽ എത്രയോ ലോകത്തിന് ഉപകാരമാകും ഈ വാർത്ത കേട്ട ഉടനെ പരമശിവേന്ദ്ര സരസ്വതി ഒരു ദൂതനെ വിളിച്ച് മൈസൂരിലേക്ക് പറഞ്ഞു ശിവരാമകൃഷ്ണനെ വരാൻ പറയും ആചാര്യർ വിളിക്കണു എന്ന് കേട്ട ഉടനെ ഈ പണ്ഡിതൻ രാജ്യം തന്റെ പണ്ഡിതനായിട്ടുള്ള ആ ജോലി ഉപേക്ഷിച്ച് ആചാര്യരുടെ അടുത്തേക്ക് ഓടി വന്നു വന്നപ്പോ പരമശിവേന്ദ്ര സരസ്വതി ഇദ്ദേഹത്തിനോട് നീ എല്ലാവരുടെയും വായ അടച്ചു വാദിച്ച് ജയിച്ച് അവർക്കൊന്നും വായു തുറക്കാൻ വയ്യ പക്ഷെ സ്വന്തം വായ അടയ്ക്കാനുള്ള വഴിയൊന്നും കണ്ടില്ലേ ഗുരു ഈ ചോദ്യം ചോദിച്ചതും പിന്നീട് വർത്തമാനം പറഞ്ഞില്ല വായമൂടി അദ്ദേഹത്തിന് സന്യാസം കൊടുത്ത് സദാശിവ ബ്രഹ്മേന്ദ്ര സരസ്വതി എന്ന് പേര് കൊടുത്ത് എവിടെങ്കിലും പോയി തപസ ചെയ്യൂന്നു അതോടെ അവധൂതനായിട്ട് തീർന്നു സ്വാമികൾ എന്തിനു പറയുന്ന ഈ നവയോഗികളെ പറയുമ്പോൾ അദ്ദേഹത്തിനാണോ ഓർമ്മ വരുന്നത് സദാശിവ ബ്രഹ്മേന്ദ്ര സ്വാമികൾ കാവേരി തീരത്തില് തിരുച്ചിരാപ്പള്ളിക്ക് അടുത്തായിട്ട് നെരൂർ അവിടെ കാവേരി തീരത്തിൽ വന്ന് കുറെ കാലം തപസ് ചെയ്തു ചപയോഗം വിചാരയോഗം രാജയോഗം സംഗീതം അദ്ദേഹത്തിന്റെ കൃതികൾ പ്രസിദ്ധമായ കൃതികളുണ്ട് ബ്രൂഹിമുകുന്ദേ തീ രസനേ ബ്രൂഹിമുകുന്ദേ തീ രസനേ ബ്രൂഹിമുകുന്ദേ തീ സദാശിവ ബ്രഹ്മേന്ദ്രസ്വാമികൾ കൃതിയാണ് അതേപോലെ മാനസ സഞ്ചാര ബ്രഹ്മണി മാനസ സഞ്ചാരരെ ഇതൊക്കെ അദ്ദേഹത്തിന്റെ കൃതികളാണ് സദാശിവ ബ്രഹ്മേന്ദ്ര സ്വാമികൾ കാവേരിയിൽ ഒരു പാറയുടെ മേലെ ധ്യാനിച്ചിരിക്കുകയായിരുന്നു ധ്യാനിച്ച് സമാധിനിഷ്ഠനായിട്ടിരുന്നു കുറച്ചുകാലം കഴിഞ്ഞ് നദിയില് ഒരു ഫ്ളഡ് വന്നു ഫ്ലഡില് അദ്ദേഹം മുങ്ങിപ്പോയി മണ്ണ് വന്നിട്ട് മൂടി അവിടെ ധ്യാനം ചെയ്തിരുന്ന യോഗിയെ കാണാനില്ല ആളുകൾ തെരഞ്ഞു നോക്കി കണ്ടെത്തിയില്ല കുറെ മാസങ്ങൾക്ക് ശേഷം അവിടെ വെള്ളം മാറിയപ്പോ വീട് കെട്ടാനായിട്ട് ആരോ മണ്ണ് എടുക്കാൻ വന്നു അപ്പോ കൈക്കോട്ട് കൊണ്ട് വെട്ടിയപ്പോ രക്തം വന്നു മണ്ണ് മാന്തി നോക്കുമ്പോൾ അതിനകത്ത് ഒരാൾ ഇരിക്കുന്നുണ്ട് ശരീരം എടുത്ത് പുറത്തുവച്ച് ആയുർവേദ വിധിപ്രകാരം മസാജുമൊക്കെ ചെയ്തു നോക്കിയപ്പോ എണീറ്റു യാതൊന്നും പറ്റിയില്ല എണീറ്റു എണീറ്റ് അവിടുന്ന് കുറഞ്ഞിട്ടൊരു പോക്ക് പോയി നടന്നു ഇങ്ങനെ അവധൂതനായിട്ട് വസ്ത്രവും ഒന്നുമില്ല നടന്നു നോക്കണം ആറുമാസം വെള്ളത്തിന്റെ അടിയിൽ മണ്ണിന്റെ അടിയിൽ ഇരുന്നു അവിടുന്ന് എണീറ്റും നടന്നു അവിടെ നടന്നു അതിന്റെ ഇടയിൽ സ്വാമികൾ അനേകം അത്ഭുതങ്ങൾ ചെയ്തു ഒരിക്കലും ഒരിടത്ത് വൈക്കോലിൽ കാലിരടി ചുവട്ടകൾ വീണു മേലെ വൈക്കോൽ കൂന കൂനയായിട്ടിട്ടിട്ട് പത്തായിരക്കണക്കിന് കെട്ട് മേലെ ഇട്ടു അവിടെ കിടന്നു കുറെ കാലം കഴിഞ്ഞ് വൈക്കോലൊക്കെ എടുത്തു തീർന്നപ്പോ അതിനകത്ത് ഒരാൾ സ്വാമികൾ അവിടെ കിടക്കുന്നത് കണ്ട് സദാശിവ ശ്രീധരയ്യവാൾ നാമബോധേന്ദ്ര സരസ്വതി സ്വാമികളും അവിടെ വന്നു അവര് വന്നപ്പോഴും ഇദ്ദേഹത്തിന് ബോധമല്ല അവര് സങ്കീർത്തനം ചെയ്തും നാമം ജപിച്ചും ഇദ്ദേഹത്തിനെ ഉണർത്താൻ ശ്രമിച്ചു അദ്ദേഹത്തിന് ബാഹ്യപ്രജ്ഞയും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ നടന്ന സ്വാമികൾ ഒരിക്കൽ ഒരു മുസ്ലിം രാജാവ് നവാബിന്റെ ഇതിന്റെ ഉള്ള നടന്നു വസ്ത്രമില്ലാതെ ഒരാൾ നടക്കുന്നത് കണ്ട് ഈ നവാബ് കയ്യിൽ വാളും എടുത്തുകൊണ്ട് ചെന്ന് സ്വാമികളുടെ കൈയെ വെട്ടിമാറ്റി കൈ മുറിഞ്ഞു ചോട്ടൽ വീണപ്പോഴും തനിക്ക് യാതൊരു പ്രജ്ഞയില്ല ഭാഗവതത്തിൽ കപിലോപാഖ്യാനത്തിൽ പറയുന്നു ദേഹം ച നശ്വരം അപസ്ഥിതം ഉത്ഥിതം വീ അധ്യമത് സ്വരൂപം ദൈവാദുപേതം ദൈവവശാദേതം കള്ളു കുടിച്ച ആൾക്ക് ഉടുത്തിരിക്കുന്ന വസ്ത്രം ഉണ്ടോ അഴിഞ്ഞു വീണുവോന്നറിയാത്ത പോലെ ശരീരം ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയാത്ത ഒരു സ്ഥിതി അങ്ങനെ സ്വാമികൾ നടക്കുന്ന ഈ സന്ദർഭത്തില് ഈ കൈ മുറിഞ്ഞു ചോട്ടൽ വീണ് പറഞ്ഞില്ല എന്നാണ് രാജാവ് ഈ കയ്യുമെടുത്തുകൊണ്ട് സ്വാമികളുടെ മുമ്പിൽ ചെന്ന് ഞാൻ അപചാരം ചെയ്തു ഇപ്പൊ ഞാൻ എന്നെ തന്നെ വെട്ടിക്കൊല്ലാം സ്വാമികൾ പറഞ്ഞു എന്തു അവിടുത്തെ കൈ ഞാൻ മുറിച്ചു വെട്ടി മാറ്റി ഞാൻ മഹാഅപചാരം ചെയ്തു സ്വാമികൾ പറഞ്ഞൊന്നും സാരമില്ല തരൂന്ന് പറഞ്ഞ കൈ വാങ്ങിച്ച് ഇവിടെ ഒട്ടിച്ചേർത്തു എന്നാണ് അസാമാന്യ സിദ്ധൻ പക്ഷേ സിദ്ധികളൊന്നും കാണിക്കാൻ വേണ്ടിയിട്ടല്ല എന്തും സാധ്യം ീശ്വരത്വം സ്വതസിദ്ധേത് പുനരഷ്ടദാപരിണതം ഐശ്വര്യമവ്യാഹതം ഈ സംഭവത്തിന് ശേഷം സ്വാമികൾ നെരൂളിൽ വന്ന് ജീവസമാധിയാണ് രാജാവിനെ വിളിച്ചു പറഞ്ഞു ഞാനിങ്ങനെ നടന്നാൽ ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഉപദ്രവമൊക്കെ ഉണ്ടാവുന്നത് കൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കാം എന്നെ ചുറ്റും കല്ലുവെച്ച് കെട്ടുക സമാധി പോലെ ആശ്ചര്യം എന്താന്ന് വെച്ചാൽ മാനവമധുരൈ എന്ന് പറയുന്ന സ്ഥലം രാമേശ്വരത്തിനും മധുരയ്ക്കടുത്തായിട്ട് അവിടെയും പാകിസ്ഥാനിലുള്ള കറാച്ചിയിൽ ഒരു മുസ്ലിം ഇവർ രണ്ടുപേരും മാനാമുദ്രയിൽ ഒരു ഭക്തനും ഈ കരാച്ചിയിലെ ഒരു ഭക്തനും സ്വാമികളോട് പറഞ്ഞിരുന്നു അങ്ങ് സമാധിയാവുമ്പോ ഞങ്ങൾ കൂടെ ഉണ്ടാവണം ഞങ്ങളെ അറിയിക്കാത്ത സമാധി ആവരുത് എന്നാണ് അപ്പോ നെഹൂലുള്ള സ്വാമികൾ സമാധിയാവുമ്പോ മാനാമുദ്രയിലൊരു സമാധി കറാച്ചിയിലൊരു സമാധി എന്നുവെച്ചാ മൂന്ന് ശരീരം എന്നർത്ഥം ഇതൊക്കെ പതഞ്ജലി യോഗസൂത്രത്തിൽ പറയുന്നുണ്ട് എന്നല്ലാതെ പ്രമാണം ഒരിടത്തും കാണാനില്ല സ്വാമികൾ പതഞ്ജലി യോഗസൂത്രത്തിന് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട് അതിൽ മറ്റ് യോഗസൂത്ര വ്യാഖ്യാനങ്ങളിലൊന്നും കാണാത്ത അദ്ഭുതമായ കണ്ടെത്തലുകളൊക്കെ ഉണ്ട് അതിലാണ് സ്വാമികൾ ആത്മസാക്ഷാത്കാരത്തിന്റെ ലക്ഷണം പറയുന്നു ചികിത്സാനി വൃത്തി പ്രേപ്സാനി വൃത്തി ജിജ്ഞാസാനിവൃത്തി ജിഹാസാനി വൃത്തി സങ്കല്പനിവൃത്തി ശോകനിവൃത്തി വികൽപ്പനിവൃത്തി ഭയനിവൃത്തി സാക്ഷാത്കാർ ജ്ഞാനിയുടെ ലക്ഷണം എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതില്ല ചികിത്സാനി വൃത്തി കർമ്മമൊക്കെ കൊഴിഞ്ഞുപോയി എന്തെങ്കിലും പ്രാപിക്കാനുണ്ട് എന്നുള്ള ആഗ്രഹമില്ല പ്രേപ്സാനി വൃത്തി തനിക്ക് എന്തെങ്കിലും ഉപേക്ഷിക്കാൻ ഇനി ബാക്കിയുണ്ട് എന്നുള്ളൊരു ഭാവമില്ല ജിഹാസാനി വൃത്തി ഇനി എന്തെങ്കിലും പുതിയതായിട്ട് അറിയണം എന്നുള്ള ആഗ്രഹമില്ല ജിജ്ഞാസാനി വൃത്തി ഒന്നിനെ കുറിച്ചുമുള്ള ശോകമില്ല ശോകനിവൃത്തി യാതൊന്നിനെയും ഭയമില്ല ഭയനിവൃത്തി സങ്കല്പവികൽപ്പ നിവൃത്തി അത്തരത്തിൽ യോഗസൂത്രത്തിൽ സ്വാമികളുടെ ഒരു വ്യാഖ്യാണ് സ്വാമികളുടെ ജീവിതം തന്നെ സിദ്ധയോഗികൾക്ക് ലക്ഷണമായിരുന്നു അവരെവിടെ വേണമെങ്കിലും സഞ്ചരിക്കും ലോകാനുഗ്രഹ അനുഗ്രഹത്തിനായിട്ട് സഞ്ചരിക്കും ലോക നിയമങ്ങൾക്കൊക്കെ അതീതരാണവർ പക്ഷെ ഇങ്ങനത്തെ യോഗികളെ നമുക്ക് സാധാരണമായിട്ട് ലോകത്തിൽ കാണാനൊന്നും സാധ്യമല്ല ഇവിടെ ഈ നവയോഗികളെ ഭാഗവതത്തിൽ കഥ പറയുമ്പോൾ ഭാഗവതത്തിൽ ധാരാളം യോഗികളുടെ കഥ ഉണ്ട് അതാണ് ഭാഗവതം തുറന്നു നോക്കുമ്പോൾ നമുക്ക് ദർശനമാണ് മഹാത്മാക്കളുടെ ദർശനം സത്സംഗത്തിന് എവിടെയും വേണ്ട ഭാഗവതം തുറന്നു നോക്കിയാൽ മഹാത്മാക്കളുടെ ദർശനം ഇവിടെ ഒമ്പത് യോഗികൾ ഈ ഒമ്പത് പേര് ഓരോ സദാശിവ ബ്രഹ്മേന്ദ്ര സരസ്വതി അവ്യാഹതേഷ്ട ഇഷ്ടഗതികൾ ഇന്ന സ്ഥലത്ത് ഒരു തടസ്സവുമില്ല ഇങ്ങനെ സഞ്ചരിക്കും ഈ ലോകത്തിലു മാത്രമല്ല സുരസിദ്ധ സാധ്യ ഗന്ധർവ യക്ഷ നര കിന്നര നാഗ ലോകാന് ഇന്ന ലോകമല്ല എല്ലാ ലോകത്തിലും മുക്താഹാഛരന്തി മുനിചാരണ ഭൂതനാഥ ദ്വിദ്യാധര ദ്വിജഗവാം ഭുവനാനിക്കാമം ഇങ്ങനെ ഈ ഒമ്പത് യോഗീശ്വരന്മാരും ലോകത്തിൽ സ്വതന്ത്രരായിട്ട് സഞ്ചരിക്കുകയാണ് അവർക്ക് യാതൊന്നും തടസ്സമില്ല കൊച്ചുകുട്ടികളെ പോലെ ജ്ഞാനികളുടെ ലക്ഷണം തന്നെ അതാണ് അവ്യാഹദേഷ്ട എവിടെയെങ്കിലുമൊക്കെ കിടക്ക എവിടെയെങ്കിലുമൊക്കെ ഇരിക്കും തലയ്ക്ക് കൈവച്ച തലകണയായി ആകാശം റൂഫ് ഭൂമി കെട്ടില് ഇനി എന്തു വേണം ആചാര്യസ്വാമികൾ ശ്രീ ശങ്കരാചാര്യസ്വാമികൾ തന്നെ പറയുന്നു അങ്ങനെയുള്ളവരെ കണ്ട് അസൂയപ്പെടുന്നു കൌപീനവന്ത ഖലു ഭാഗ്യവന്താന്ന് അവർക്ക് യാതൊന്നും നേടാനില്ല ആ ലോകത്തിൽ അത്തരത്തിലുള്ള ഈ ഒമ്പത് യോഗീശ്വരന്മാരും ഒരിക്കൽ ഒരു യാഗശാലയിലേക്ക് കയറിച്ചത് നിമി യാഗം ചെയ്യുന്നു വിദേഹരാജാവായ ജനകൻ ആ വിദേഹനഗരത്തിലെ രാജാക്കന്മാരൊക്കെ ഞാനികളായിരുന്നു എന്നാണ് അവിടെ വിദേഹരാജാവായ നിമി യാഗം നടത്തുന്നു ആ യാഗശാലയിൽ ഒമ്പത് പേരും കൂടെ കയറിച്ചത് അവിടെ യാഗം ചെയ്യുന്ന ഋഷികളൊക്കെ എഴുന്നേറ്റ് നമസ്കരിച്ചു അഗ്നി ഉത്ഥാനമായി രാജാവ് സന്തോഷിച്ചു ചെന്ന് നമസ്കരിച്ചു ഒമ്പത് യോഗീശ്വരന്മാരും പ്രകാശിക്കുന്നു അവിടെയുള്ള യാഗാഗ്നിയേക്കാളും ജ്വലിക്കുന്നു അവര് അവരെ കണ്ട് നമസ്കരിച്ചുകൊണ്ട് രാജാവ് പറഞ്ഞു ഞാൻ എന്തു ഭാഗ്യം ചെയ്തു ഭഗവാൻ ഒമ്പത് രൂപത്തിൽ എന്റെ യാഗശാലയിൽ ആവിർഭവിച്ചിരിക്കുന്നു മന്യേ ഭഗവത സാക്ഷാത് भूतानि पावनाय പാർഷദൻ വോ मानुषो വിഷണോ ഭൂതോ പാവന तत्रावि മാനുഷോ ദേഹംഗുരുർഭം മന്യേ വൈകുണ്ഠ പ്രിദർശനം അഥ ആത്യന്തികം ക്ഷേമം പൃച്ഛാമോ നഗാഹ സംസാരൻക്ഷണാർത്ഥോ സത്സംഗശ്രിണർമാഗവത്തൂത് യഹയക്ഷമം യൈ പ്രസന്നപന്നാതി ആത്മാനമൊപ്പ അജഹ മേ ഭഗവ പാർഷദൻ നിങ്ങൾ ഒമ്പത് പേരും സാക്ഷാ ഭഗവാന്റെ പാർഷദന്മാരാണ് എന്നെ പോലെയുള്ളവരെ അനുഗ്രഹിക്കാനായിട്ട് വിഷ്ണോഹോ ഭൂതാനി ചരന്തി തീർത്തി കുറുവന്തി തീർത്ഥാനി ഗംഗാദേവിയെ ഭൂമിയിലേക്ക് വിളിക്കുന്നു ഭഗീരഥൻ ഗംഗ പറഞ്ഞു ഞാൻ വരില്ല കണ്ട മഹാഭാവികളൊക്കെ വന്ന് കുളിക്കും ഞാൻ വരില്ല പേടിച്ചു ഗംഗാദേവി അപ്പൊ ഭഗീരഥൻ പറയുന്നു മഹാഭാവികൾ കുളിക്കും എന്ന് പറഞ്ഞു ഭൂമിയിലേക്ക് വന്നിട്ടില്ലെങ്കിൽ അമ്മയെ അമ്മയ്ക്കാണ് നഷ്ടം കാരണം ഈ സ്വർഗത്തിൽ ആരു ഗുളിക്കും ദേവന്മാരു ഗുളിക്കും അപസരസ്ത്രീകൾ ഗുളിക്കുമായിരിക്കാം പക്ഷെ ഭൂമിയിലെത്തിയാൽ സാധവോ ന്യാസിന ശാന്ത ബ്രഹ്മിഷ്ടാ ലോകപാവന തീർത്തീകുറന്തി തീർത്താനി സ്വാന്തസ്തേന ഗതാഭൃത ആരാ ഒന്നു കുളിക്ക സാധവ മഹാ പരമഭക്തന്മാരായി സാധുക്കൾ ाह सर्वसंघपरिगिक शांता सष्ठन्मर ब्रह्मिष्ठा ब्रह्मज्ञानी लोकपावना लोकते मुंत पवित्रवर गंग वो मुे वा गंगादेवी वरादिको तीर्थी तीर्थानी आधुक ഗംഗയിൽ കുളിക്കുന്നത് കൊണ്ട് സാധുക്കൾക്ക് മഹത്വമല്ല ഗംഗയ്ക്ക് മഹത്വം ഗംഗയ്ക്ക് മഹത്വം ഗംഗയെ തീർത്ഥമാക്കുന്നു സാധുക്കൾ നമ്മളുടെ നാട്ടിൽ ഒരു പൊട്ടക്കുളത്തിൽ മുങ്ങിയാൽ ആ പൊട്ടക്കുളം ഗംഗയായി തീർത്ഥീകുറുവീ തീർത്ഥാനി അപ്പോ ലോകാനാം പാവനായ ചരന്തി ലോകത്തിനെ ഒരു ഭക്തനുണ്ടെങ്കിൽ ആ ലോകം ശുദ്ധമായി വിവേകാനന്ദ സ്വാമികൾ രാമകൃഷ്ണ പരമഹംസരുടെ മറ്റു ശിഷ്യന്മാരും ഒക്കെയായിട്ട് ബേലൂർ മഠം ഉണ്ടാക്കിയ ശേഷം കൽക്കട്ടയിൽ ക്ലാസ് എടുക്കുന്നു അവർക്ക് വ്യാകരണം ക്ലാസ്സൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ രാമകൃഷ്ണ പരമഹംസരുടെ മറ്റൊരു ശിഷ്യൻ ദുർഗാചരൺ നാഗ് അദ്ദേഹത്തിന് നാഗ്മഹാശൈ എന്ന് വിളിക്കും അദ്ദേഹം ബംഗാളിന്റെ മറ്റേ ഇപ്പൊ പാകിസ്ഥാനായില്ലോ ആ ബംഗാളിലാണ് ജനിച്ചത് നാഗമഹാശയി രാമകൃഷ്ണദേവൻ ഒരു വിവാഹം കഴിച്ച് ശാരദാദേവിയെ കൂടെ വെച്ചു രണ്ടുപേരും തപസ്വികളായി ഭാര്യാഭർത്താക്കന്മാരായി ജീവിച്ചിട്ടും ഭാര്യാഭർത്താക്കന്മാരായി ജീവിക്കാതെ ജ്ഞാനികളായിട്ട് ജീവിച്ചു രാമകൃഷ്ണ പരമഹംസരുടെ ശിഷ്യനാണ് നാഗമഹാശയ് അദ്ദേഹം ഹോമിയോപ്പത്തി ഡോക്ടറായിരുന്നു ഒരു ദിവസം രാമകൃഷ്ണ പരമഹംസർ പറഞ്ഞു ഈ മരുന്നിനെ ചെറിയ ചെറിയ ഗുളികകളെ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരുന്നാൽ എപ്പോൾ അനന്തമായ വസ്തുവിനെ ചിന്തിക്കും എന്ന് ചോദിച്ചപ്പോൾ നാഗമഹാശയൻ തന്റെ മരുന്ന് പെട്ടി കൊണ്ടുപോയി നദിയിൽ കൊണ്ടുപോയി കളഞ്ഞു പരമഭക്തൻ അദ്ദേഹത്തിന്റെ വീട് ചോർന്നു ഒലിക്കും ചോർന്നു ഒലിച്ചാലും ആ വീട് നന്നാക്കാൻ പറ്റില്ല എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിനെ ആരെങ്കിലും സേവ ചെയ്യുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല അതുകൊണ്ട് ഒരു ആശാരിയും കെട്ടുകാരനും ഇദ്ദേഹം സമയം നോക്കി അദ്ദേഹത്തിന്റെ ഭാര്യ ഒരാളെ വിളിച്ചുകൊണ്ടു എന്തിനു പറഞ്ഞു രാമകൃഷ്ണദേവൻ ഒരു വിവാഹം കഴിച്ചു നാഗ്മഹാശ ആദ്യ വിവാഹം കഴിച്ചു ആ ഭാര്യ കുറച്ചു കാലം ജീവിച്ചു ആ ഭാര്യയെ മരിച്ചു അതിലും പവിത്രമായിട്ട് ജീവിച്ചു പിന്നെയും വിവാഹം കഴിച്ചു ഇപ്പൊ അച്ഛന്റെ നിർബന്ധത്തിന് വഴങ്ങി അതിലും പവിത്രമായിട്ട് രാമകൃഷ്ണദേവൻ പറഞ്ഞു എന്നെ കവച്ചു ഇദ്ദേഹത്തിന് വീട് ആരും നേരാക്കാൻ പറ്റില്ല എന്താന്ന് വെച്ചാൽ ഒരു ദിവസം ഇദ്ദേഹം ഇല്ലാത്ത സമയം നോക്കി കൂര നന്നാക്കാൻ ഒരാളെ വിളിച്ചു കൊണ്ടുവന്നു അപ്പോഴേക്ക് നാഗമഹാശയ് വന്ന് കരഞ്ഞ് അവിടുന്ന് ഇറങ്ങിയാലും മുകളിൽ എനിക്ക് ആരും ജോലി ചെയ്യാൻ പാടില്ല അദ്ദേഹത്തിന് വീണ് നമസ്കരിച്ച് കയ്യിലുള്ള പണമൊക്കെ കൊടുത്തയച്ചു വീട്ടിലൊരിക്കൽ അതിഥി സേവ ഇതിനു മേലെ ഭക്തന്മാർക്ക് സേവ സേവ ചെയ്യുമ്പോൾ വിറകില്ല വീട്ടിന്റെ തൂണ് വെട്ടി മുറിച്ചു വിട്ടു വിറകായിട്ട് അതിരുകടന്ന ഭക്തി അദ്ദേഹത്തിന്റെ വീട്ടിൽ ഗംഗ ആവിർഭവിച്ചു എന്നൊക്കെ കഥയുണ്ട് ആ നാഗമഹാശയ് മഠത്തിൽ വന്നാൽ രാമകൃഷ്ണ മഠത്തിൽ വന്നാൽ ശാരദാദേവി ഭക്ഷണം വിളമ്പിയാൽ ഇല പോലും അതുകൊണ്ട് അമ്മ കൊടുത്ത ഭക്ഷണം അതിൽ ഇല പോലും പ്രസാദമാണെന്ന് വന്ന് തിന്നുകളയും അതുകൊണ്ട് അദ്ദേഹം വളരെ ജാഗ്രതയായി ഊണ് കഴിച്ചാൽ ഉടനെ ഹാശയ് വേലൂർ മഠത്തില് ഇവരെ കാണാൻ വിവേകാനന്ദ സ്വാമികളെ കാണാൻ വരുന്നു കാണാൻ വന്നപ്പോ സ്വാമിജി നാഗമഹാശയ് വന്നാൽ വീണു നമസ്കരിക്കും വിവേകാനന്ദ സ്വാമിയെ അപ്പൊ വിവേകാനന്ദ സ്വാമി നാഗമഹാശയ് വരുന്നതു മുമ്പ് തന്നെ കടക്കുന്നതിനു മുമ്പ് തന്നെ നമസ്കരിച്ചു എന്നിട്ട് ശരചന്ദ്ര പറഞ്ഞു നാഗമഹാശയ് ജനിച്ചതുകൊണ്ട് നിങ്ങളുടെ ആ ഭാഗത്തെ ബംഗാൾ മുഴുവൻ തീർത്ഥക്ഷേത്രമായിട്ട് തീർന്നിരിക്കുന്നു തീർത്ഥക്ഷേത്രം അദ്ദേഹം ശ്വാസം അകത്തേക്കെടുക്കുമ്പോ ആ ഭാഗത്തുള്ള അശുദ്ധിയൊക്കെ അകത്ത് ചെന്ന് അദ്ദേഹം ശ്വാസം പുറത്തേക്ക് വിടുമ്പോ ആ ഭാഗം തീർത്ഥക്ഷേത്ര ആ ഭാഗം മുഴുവൻ പരിശുദ്ധമായിട്ട് തീരും അത്രയധികം തപസ് അത്രയധികം ഭക്തി അത്രയധികം ഹൃദയത്തില് ഭഗവാൻ കൊടികൊള്ളുന്ന മഹാപുരുഷൻ രാമകൃഷ്ണ പരമവംശർക്ക് ക്യാൻസർ തീവ്രമായിട്ടിരിക്കുമ്പോൾ നാഗമഹാശി പറഞ്ഞു ടാക്കൂർ ഞാൻ അത് മുഴുവൻ എന്നിലേക്ക് ആവാഹിച്ചെടുക്കട്ടെ എന്ന് വെച്ചു രാമകൃഷ്ണദൈവം പറഞ്ഞു നാഗ് അടുത്ത് വരരുത് നിനക്ക് ആവാഹിക്കാനോ എന്തിനേയും വിഴുങ്ങിക്കളയാനോ ഉള്ള ശക്തി കൊണ്ട് എന്നിന്ന് എനിക്കറിയാം പക്ഷെ ഇത് ഈ ശരീരം അനുഭവിച്ചു തീർക്കണം അത്ര വലിയൊരു മഹാത്മാവായിരുന്നു നാഗ്മഹാശി അപ്പോ ഭക്തന്മാര് ഒരു നാട്ടിൽ ഉണ്ടെങ്കിൽ തീർത്ഥീകുറുവന്തി ആ സ്ഥലം മുഴുവൻ ശുദ്ധമായി ഭക്തന്മാര് വെച്ചാൽ യഥാർത്ഥ ഭക്തന്മാർ ഭഗവാനെ ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഭക്തന്മാർ അത്തരത്തിലുള്ള മഹാത്മാക്കൾ അപ്പൊ അങ്ങനെയുള്ള മഹാത്മാക്കൾ ലോക ലോകാനാം പാവനായ ചരന്തി ലോകത്തിന് പരിശുദ്ധം ചെയ്യാനായി ഒരുപക്ഷെ ഭ്രാന്തന്മാരെ പോലെ സഞ്ചരിക്കും അറിയാത്ത ഏതെങ്കിലും വേഷത്തിൽ സഞ്ചരിക്കും ഇവിടെ ഈ ഒമ്പത് യോഗികളും നിമിചക്രവർത്തിയുടെ യാഗശാലയിൽ വന്നപ്പോൾ നിമിചക്രവർത്തി പറയാം ഞങ്ങളെ പരിശുദ്ധമാക്കാൻ നിങ്ങളൊക്കെ ഇവിടെ അവതരിച്ചിരിക്കും ദുർലഭോ മാനുഷോ ദേഹ മനുഷ്യ വളരെ ദുർലഭം ബാക്കി മൃഗങ്ങളുടെയൊക്കെ ശരീരമുണ്ട് തല ഹൃദയം വയറ് ഉപസ്ഥം കാല് എല്ലാം ഹൊറിസോണ്ടൽ ഒരേ ലൈനിലാണ് മനുഷ്യ എങ്ങനെയാ തല മേല് മനസ് ചുവട്ടല് വയറ് അതിന് ചുവട്ടല് കൈകാലുകൾ ഉപസ്ഥം എല്ലാം ചുവട്ടല് അപ്പൊ തലകൊണ്ട് മനസ്സിനെ നിയന്ത്രിച്ച് ആവശ്യത്തിന് ആഹാരം കഴിച്ച് ജീവിക്കണം െ നമ്മളിപ്പോ ശീർഷാസനം ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നത് എന്ത് ചെയ്യാൻ പറ്റും തലകീഴായിട്ട അപ്പൊ മനുഷ്യ ശരീരം ദുർലഭം എന്നാണ് മാനുഷോ ദേഹ എന്താ മനുഷ്യ ശരീരത്തിനൊരു വിശേഷണം ഒരു പ്ലെയിൻ ഉണ്ട് ഒരു ബസ്സുണ്ട് രണ്ടും കാണാൻ ഒരേപോലെയാണ് എന്നുവെച്ചാൽ ഓടുന്നു അല്ലെ രണ്ടും പുറമേക്ക് ഓടുന്നു രണ്ടും ഒരു മെട്ടൽ കൊണ്ട് രണ്ടിനും ചക്രവും കാണുന്നു പുറമേക്ക് നോക്കിയാൽ പ്ലെയിനിനും ചക്രം കാണുന്നു ബസിനും ചക്രം കാണുന്നു പക്ഷേ ബസ്സിന് ഇല്ലാത്ത ഒരു പവർ ഈ പ്ലെയിനിന്റെ ഉള്ളിലുണ്ട് എന്താ പറക്കാനുള്ളത് അത് പുറമേക്ക് കണ്ടാ അറിയുവോ അത് പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ പ്ലെയിൻ പറക്കും അതുപോലെ ഈ മനുഷ്യ ശരീരവും അതിനകത്ത് ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു യന്ത്രം ഘടിപ്പിച്ചിട്ടുണ്ട് അത്രേ ബ്രഹ്മാവലോക ബ്രഹ്മ സാക്ഷാത്കാരത്തിനുള്ള ഒരു സൂക്ഷ്മ ശക്തി മനുഷ്യ ശരീരത്തിൽ നിഗൂഢമായിട്ടിരിക്കുന്നത് കൊണ്ടാണ് മനുഷ്യന് പ്രാമുഖ്യം അല്ലെങ്കിൽ മനുഷ്യജന്മം എന്തിനു കൊള്ളും നമ്മളൊക്കെ കഷ്ടപ്പെടുകയാണ് മൃഗങ്ങളാരെങ്കിലും നമ്മളെപ്പോലെ ബുദ്ധിമുട്ടണമെന്നുണ്ടോ ഒരു ഭാഗവത പ്രഭാഷണത്തിന് വരണമെന്ന് പറഞ്ഞാൽ പറ്റുന്നില്ല എന്നാണ് എന്താന്ന് രാവിലെ എട്ട് മണിക്ക് പോകും രാത്രി ഒമ്പത് മണിക്ക് വരും എന്തിനാ ജോലിയെടുക്കണം അത് സുഖമായിട്ട് ജീവിക്കണം എന്നിട്ട് സുഖമായിട്ട് ജീവിക്കാൻ എവിടെ സമയം മനുഷ്യൻ വെറുതെ കഷ്ടപ്പെടാനാണ് മനുഷ്യജന്മെങ്കിൽ മൃഗങ്ങളുടെ ജന്മം എത്രയോ ഭേദം ഞങ്ങളൊക്കെ സ്കൂളിലേക്ക് പോകുമ്പോ വീട്ടിലുള്ള പശുക്കുട്ടിയൊക്കെ കണ്ട അസൂയ തോന്നും അതിന് സ്കൂളും പോണ്ട ഒന്നും പോകണ്ട രാവിലെ എണീറ്റ് അവരുടെ അടുത്ത് പുല്ല് തിന്നുകൊണ്ട് അങ്ങനെയിരിക്കും ഇത് നമ്മൾ ഒരു ചവടും തൂക്കിക്കൊണ്ട് സ്കൂളിലേക്ക് പോവുക പഠിക്കുക ഹോംവർക്ക് എഴുതുക ഒരു കുട്ടി പറഞ്ഞു എത്ര ഒരാടിനെ വലിച്ചോണ്ട് പോവുകയാണ് കശാപ്പ് കടയിലേക്ക് ആട് ഇങ്ങനെ നിലവിളിക്കുന്നു ഈ കുട്ടി ചോദിച്ചു അമ്മ എന്തിനാ ഈ ആട് കരയണത് അതിനെ കശാപ്പ് കടയ്ക്ക് കൊണ്ടുപോവാണ് കശാപ്പ് കട എന്ന് വെച്ചാൽ എന്താ അവിടെ പോയി ആടിനെ വെട്ടിക്കൊല്ലും ആവൂ അത്രയേ ഉള്ളൂ അതിനാണോ ഇങ്ങനെ കരയണത് ഞാൻ വിചാരിച്ചു സ്കൂളിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണെന്ന് ആ കുട്ടിക്ക് സ്കൂളെന്ന് പറഞ്ഞാൽ അത്ര ഭയങ്കരമാണ് കാരണം കുട്ടികളെ ഒന്നിനും സമയില്ല കുട്ടികൾക്ക് കമ്പ്യൂട്ടർ ക്ലാസ് അത് ഇത് ഇതിനാണോ മനുഷ്യ ശരീരം നമ്മൾ വിദ്ദികളാവണേ സുഖമായിട്ടിരിക്കേണ്ട മനുഷ്യൻ പോയിട്ട് ഭഗവാൻ നമ്മളെ ഭഗവാനേറ്റവും പ്രിയപ്പെട്ട രീതിയിൽ സൃഷ്ടിച്ചു പക്ഷെ നമ്മള് നമ്മളെ കുടുക്കിയിരിക്കുന്നു മനുഷ്യജന്മം പക്ഷെ മനുഷ്യ ശരീരത്തിൽ അനേക വ്യാധികൾ മൃഗശരീരത്തിൽ ഇല്ലാത്ത വ്യാധികളൊക്കെ മനുഷ്യ ശരീരത്തിൽ മൃഗങ്ങൾക്കില്ലാത്ത വെപ്രാളുമൊക്കെ മനുഷ്യന് സ്വതന്ത്ര ആദ്യം വേണ്ടത് എന്താ ഒരു റിലാക്സഡ് ആയിട്ടുള്ള ജീവിതമാണ് അത് നമുക്കില്ലേ ഇല്ല വെപ്രാളമാണ് അപ്പോൾ ഈ മനുഷ്യദേഹം വളരെ ദുർലഭമാണെന്നാണ് ദുർലഭവും മാനുഷോ ദേഹ ശരിക്കും ഉപയോഗിച്ചോളാം എന്താ ക്ഷണഭങ്കുരഹ എപ്പ പോകുന്നു പറയാൻ പറ്റില്ല പോയാൽ തിരിച്ചു കിട്ടുവോ അറിയില്ല എന്നാണ് എന്താ അറിയില്ല എന്ന് പറയണത് രാചാര്യൻ പറഞ്ഞു ചിലര് കൊരച്ചുകൊണ്ടേ ജീവിക്കും വീട്ടിന് ഉമ്മർത്ത് ആരെങ്കിലുമൊക്കെ വന്ന ഭിക്ഷാന് ദേഹി എന്ന് വോ ഇവിടെ അവർക്ക് അടുത്ത ജന്മം അതേപോലെയാണെന്നാണ് ബൗബു തന്നെ അടുത്ത ജന്മം വേറെ ചിലരുണ്ട് യജമാനന്റെ ഓഫീസറുടെ പുറകിൽ ഇങ്ങനെ മ്യാമ്യാമ്യാന്ന് പറഞ്ഞിട്ട് പിന്നാലെ നടക്ക അവർക്ക് അതിനടുത്ത ജന്മം ചെലപ്പോ പറയാൻ വയ്യ ഈച്ച ചത്തൊരു പൂച്ചയായി പോയിടുന്നു കൃപ കൂടാതെ പീഡിപ്പിക്കുന്ന എന്താ നൃപതി എന്താണ് നരിയായി പിറക്കുന്നു നാരിചത്തൊരു ഓരിയായി പോയിടുന്നു അല്ലേ ഈശ്വരന്റെ ലീലാവിലാസങ്ങൾ ഇങ്ങനെ എന്നാണ് മനുഷ്യജന്മം വ്യർത്ഥമായിട്ട് പോയേക്കാം ഭഗവാൻ ഒരു ചാൻസ് തന്നു തിരിച്ചുപോയി എവിടെയെങ്കിലുമൊക്കെ ചെന്നു കുടുങ്ങിപ്പോകരുത് എന്നാണ് അപ്പൊ മനുഷ്യജന്മം വളരെ ദുർലഭം ദുർലഭോ മാനുഷോ ദേഹിനാം ക്ഷണഭങ്കുരാ ശരി മനുഷ്യ ശരീരം കിട്ടി തത്രാപി ദുർലഭം മന്യ അവിടെയും മനുഷ്യജന്മത്തിലും വൈകുണ്ഠപ്രിയദർശനം െ കാണുക ഭക്തന്മാരെ കാണുക ഏതെങ്കിലും മഹാത്മാക്കളുമായിട്ട് ഏതെങ്കിലും വിധത്തിൽ സമ്പർക്കത്തിൽ വരിക വൈരാഗ്യം ജ്ഞാനം ഭക്തി ഭഗവത് പൂജ സങ്കീർത്തനം സദ്ഗ്രന്ഥങ്ങളോടുള്ള അടുപ്പം ഈ ആദർശങ്ങൾ മുമ്പിൽ ഉന്നതമായ ഒരു ത്യാഗവൈരാഗ്യത്തിന്റെ ആദർശം മുമ്പിൽ ഇതൊക്കെ വളരെ ദുർലഭമാണ് അതുകൊണ്ട് ഇത് കിട്ടിയാൽ ആ ചാൻസ് വേസ്റ്റാക്കരുത് എന്നാണ് അത് കിട്ടിയിരിക്കണു അത് വേസ്റ്റാക്കി കളയരുത് അതുകൊണ്ട് രാജാവ് ഇവിടെ പറയാണ് നിങ്ങൾ ഒമ്പത് പേരെ എനിക്ക് കിട്ടിയിരിക്കുന്നു നിങ്ങളെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല അത് ആത്യന്തികം ക്ഷേമം പൃച്ഛാമോ നഖാഹാം സംസാരേസ്മിൻ ഈ സംസാരേ അസ്മിന് സംസാരേ നമ്മളുടെയൊക്കെ ജീവിതത്തിന് പേരാണ് ഈ സംസാരം അസ്മിൻ സംസാര ക്ഷണാർ പി സത്സംഗ ഈ സംസാരത്തിൽ എന്തോണ്ട് അസാരേ സംസാരേ ഒരു സാരവും ഇല്ല നിജഭജന ദൂരെ ജഡതിയാ ഭ്രമന്തം മാം അന്ധം പരമ കൃപയാ പാതുചം മദന്യോ ദീന തവ കണ രക്ഷാതി നിപുണ ന്യക്കോ വേ ജതി ശരണ്ശുപത്തെ പ്രഭു സ്വീന പരമ ബന്ധു പശുപത്തെ പ്രമുഖ്യോഹം തോമപ കിമുത ബന്ധുത്വം അനയോ ത്വ ക്ഷവ്യപരാധാശ്ച സകലാഹ പ്രയത്നർത്തരണി ഭക്തൻ ഭഗവാനോട് പറയാണ് ഭഗവാനെ ഞാനും അവിടുന്നും ബന്ധു ബന്ധുക്കളുടെ ലക്ഷണമെന്താ ആരു പറഞ്ഞു ബന്ധു അങ്ങ് തന്നെ പറഞ്ഞു മമൈവാംശോ ജീവലോകെ ജീവഭൂത സനാതന അപ്പൊ നമ്മൾ തമ്മിൽ ബന്ധു ഒരു ബന്ധുവിന് കഷ്ടം വന്നാൽ മറ്റൊരു ബന്ധു സഹായിക്കണം ഇ എം ഇതാണ് ബന്ധുക്കൾ തമ്മിലുള്ള നിയമം അങ്ങനെയുള്ളപ്പോ പ്രഭുഹൂത്വം ദീനാനാം ദീനന്മാർക്ക് അവിടുന്ന് പ്രഭു ഞാനോ ദീനൻ എന്താ ദീനൻ എന്ന് പറയാൻ കാരണം അസാരെ സംസാരേ ഈ ജീവിതത്തിൽ വന്നു എന്തിന് ജനിച്ചു അറിയില്ല എല്ലാവരും പോകുന്ന വഴിയിൽ പോയിക്കൊണ്ടേയിരിക്കുന്നു അതല്ലേ ചെയ്യുന്നുള്ളൂ ലോകത്തില് അല്ലേ നമ്മൾ എന്നെ ഒറിജിനലായിട്ട് ചെയ്യുന്നവരെവിടെ ഉണ്ട് എല്ലാവരും പോകുന്ന വഴി എല്ലാവരും നർസറി ക്ലാസ് ആണ് നർസറി ക്ലാസ് എല്ലാവരും എഞ്ചിനീയറിംഗിന് പോയാൽ എഞ്ചിനീയറിംഗ് എല്ലാവരും എം ബി ബി കമ്പ്യൂട്ടർ പഠിക്കാൻ പോവുകയാണെങ്കിൽ കമ്പ്യൂട്ടർ നാലു പേർ പോകുന്ന വഴിക്ക് ഞങ്ങളും പോകും അത്രേ ഉള്ളൂ നമ്മൾക്കൊരു ഐഡിയ ഇല്ല അതാണ് ഒരു ലക്ഷ്യ ത്തിനെ കുറിച്ച് യാതൊരു ചിന്തയും ഇല്ല എന്നാണ് ഒരു കണക്ക് മാസ്റ്റർ ഒരു കുട്ടിയോട് ചോദിച്ചു ഒരു വേലിക്കുള്ളിൽ പത്ത് ആടുണ്ട് നാലെണ്ണം വെളിയിൽ പോയാൽ ബാക്കി എന്തോണ്ടാവും കുട്ടി പറഞ്ഞു ഒന്നും ഉണ്ടാവില്ല മാഷെന്ന് മാഷ ഉടനെ ചൂരലെടുത്ത് അടിക്കാൻ പോയി അപ്പൊ കുട്ടി പറഞ്ഞു ചൂരലൊക്കെ അവിടെ വെക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ കണക്കറിയാതിരിക്കാം പക്ഷെ ആടിനെ എനിക്ക് നല്ലവണ്ണം അറിയാം എന്റെ വീട്ടിൽ ആടുണ്ട് നാലെണ്ണം പോയാൽ ബാക്കിയുള്ളത് പുറകെ പോകും അവിടെ ഒന്നും ഉണ്ടാവില്ല ലോകത്തിന്റെ സ്വഭാവം ഈ ആടുകളെ പോലെയാണ് മേഷാനുകരണമാണ് ഒരാട് പോയാൽ ബാക്കിയൊക്കെ പുറകെങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പോ ഈ ലോകം ഒരു സാരവും ഒരു ലക്ഷ്യവും എന്തിനു ജീവിക്കണോ അറിയില്ല പിന്നെ നമുക്ക് ഭയം കാരണം നമ്മൾ വേറെ ഒരു പോയാൽ എന്താവോ എന്നുള്ള ഒരു പേടി കാരണം നമ്മള് പോകുന്ന ആളുകളുടെ പുറകെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു എല്ലാരും ദുഃഖിക്കണ പോലെ നമ്മളും ദുഃഖിക്കണം അതാണ് അസാരേ സംസാരേ നിജഭജന ദൂരെ നിജഭജനം എന്നാണോ പറഞ്ഞു നിജഭജനം എന്ന് വെച്ചാൽ ഈശ്വര ഭജനം എന്ന് അർത്ഥം നിജം എന്ന് വെച്ചാൽ ആത്മാ എന്നർത്ഥം ആത്മാവിനെ ഭജിക്കാതെ തന്റെ യഥാർത്ഥ സ്വരൂപം കണ്ടെത്താതെ അലഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് നിജഭജന ദൂരെ ജഡിയ ബുദ്ധിക്കും മാന്ദ്യം ഏർപ്പെട്ട് ്രമന്തം ചുറ്റി ചുറ്റി ചുറ്റി ചുറ്റി വരുന്നു മെറി റൗണ്ട് ചുറ്റി ചുറ്റി ചുറ്റി ചുറ്റി വരുന്നു ഭ്രമന്തം മാം അന്ധം കണ്ണു കാണാൻ വയ്യ കണ്ണു കാണാൻ വയ്യെങ്കിൽ ഇരുട്ടിൽ അനേകമായ അനർഥങ്ങൾ അല്ലെ ഇരുട്ടിൽ അന്ധകാരത്തിൽ അന്ധ ജഡധിയ ഭ്രമന്തം മാം അന്ധം അന്ധേനൈവ നീയമാന യഥാ അന്ധാ കുരുടന്മാരുടെ ഒരു ഘോഷയാത്ര ഒരു കുരുടൻ വഴി കാണിച്ചാൽ അനേക കുരുടന്മാർ നടക്കും അപ്പൊ ഇങ്ങനെയുള്ള ഭ്രമമാണ് ഈ ലോകത്തില് ഇതിൽ രക്ഷപ്പെടാനുള്ള വഴി എന്താ ഇരുട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ സംസാരത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്താ സംസാരേസ്മിന് ക്ഷണാർത്ഥ ഒരു ക്ഷണാർത്ഥം എന്താ സത്സംഗ വേറെ ഒന്നും കിട്ടിയിട്ട് കാര്യമില്ല ഭാഗവത സിദ്ധാന്തമാണ് ഭാഗവതത്തിൽ ഉപനിഷത്തുണ്ട് വേദാന്തമുണ്ട് ഭാഗവതത്തിൽ ഭഗവാന്റെ രൂപത്തിനെ എങ്ങനെ ധ്യാനിക്കണം എന്നുള്ളതുണ്ട് ഭാഗവതത്തിൽ അദ്ഭുതമായ ഭക്തന്മാരുടെ കഥകളുണ്ട് പക്ഷെ ഭാഗവതത്തിൽ ഏറ്റവും അധികം പ്രാമുഖ്യം കൊടുത്തിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ സംശയിക്കുകയേ വേണ്ട സത്സംഗം സത്സംഗം എന്ന് വെച്ചാൽ മഹാത്മാക്കളുടെ ജ്ഞാനികളുടെ സമ്പർക്കം എന്നർത്ഥം പ്രഭാഷണം വേണമെന്നില്ല യോഗവാസിഷ്ടത്തിൽ പറയുന്നു സദാ സന്ത അഭിഗന്ത ഉപദേശന്തിന് തേഷാം സ്വൈരകഥാ സാധു ഉപദേശാഭവന്തീന്ന് സാധുക്കളുടെ അടുത്തു പോയിട്ട് ലോകവർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നാ മതി എന്നാണ് പൊളിറ്റിക്സ് ഡേ ടു ഡേ പൊളിറ്റിക്സ് പറഞ്ഞുകൊണ്ടിരുന്ന പോലും ഉപദേശമായിട്ട് തീരും എന്താന്ന് വെച്ചാൽ അവർ വാക്കുകൊണ്ട് പറയുന്ന ആ സന്നിധി നമ്മളുടെ മനസ്സിനെ അടക്കം ആ സന്നിധി നമുക്ക് ഗുണം ചെയ്യും രാമകൃഷ്ണ പരമവംസരുടെ ഒരു ശിഷ്യൻ അധർ സേൻ ചാറ്റർജി അദ്ദേഹം വലിയ ഓഫീസറായിരുന്നു അന്നത്തെ കാലത്ത് അതുകൊണ്ട് ഓഫീസിൽ നിന്ന് പണിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഏഴുമണിയാകുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ദൂരമുള്ള ഒരു സ്ഥലത്തുനിന്ന് കുതിരവണ്ടിയിൽ ദക്ഷിണേശ്വറിലേക്ക് വരും ദക്ഷിണേശ്വറിൽ വന്ന് വരുമ്പോഴേക്കും ക്ഷീണിക്കും അവിടെ വന്ന് കുളിച്ചിട്ട് എന്തെങ്കിലും ആഹാരം കഴിച്ച് രാമകൃഷ്ണദേവന്റെ മുറിയിൽ കടന്നുറങ്ങിയിട്ട് രാവിലെ എണീറ്റ് പോകും രാമകൃഷ്ണദേവൻ തമാശ ഇയാളെ കളിയാക്കും കഥകളിയോ ഈ നാടകമോ കാണാൻ പോകുന്ന ആളുകൾ പായും കൊണ്ടേ പോകും പോകുമ്പോഴേ എന്നിട്ട് അവിടെ ഈ കഥകളിയിലൊക്കെ ആണെങ്കിൽ ആദ്യം കർട്ടൻ പിടിച്ചിട്ട് ചെണ്ട കൊട്ടുമ്പോഴേക്കും തന്നെ നേരം വൈകും അപ്പോഴേക്കും ഉറങ്ങിപ്പോകും പിന്നെ എണീക്കുമ്പോഴേക്കും കഥകളി കഴിഞ്ഞിട്ടുണ്ടാവും പോയിട്ടുണ്ടാവും അതുപോലെയാണ് ഈ അധർസൈൻ വരുന്നത് അദ്ദേഹം വരും കിടന്നുറങ്ങും എണീറ്റ് പോകും പക്ഷേ അദ്ദേഹം പറയൂ അത്രേ രാമകൃഷ്ണദേവന്റെ അടുത്ത് പുഷ്പത്തിന്റെ മണം ഇരിക്കുന്ന സ്ഥലത്ത് ഉറങ്ങുന്നത് മീനിന്റെ മണം ഇരിക്കുന്ന സ്ഥലത്ത് ഉറങ്ങുന്നതിനേക്കാൾ നല്ലതല്ലേ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് കിടക്കണതാണ് ഈ സന്നിധി വേണം എനിക്ക് അങ്ങേയുടെ ഉപദേശമോ അതിപ്പോ കേട്ടാലും എനിക്ക് ചിലപ്പോൾ മനസ്സിലായി എന്നൊന്നും പക്ഷേ ഈ സന്നിധി കിട്ടിയാൽ മതി ആ സാന്നിധ്യം വളരെ പ്രധാനം സത്സംഗം അപ്പൊ സത്സംഗ നിധിയാണെന്നാണ് ശേവതിർന്നിണാം ഒരു സത്സംഗം വലിയ നിധി പോലെ നിധി കിട്ടുന്ന പോലെയാണ് ക്ഷണാർദ്ദോപി സത്സംഗ ശേവതിർ നൃണാം അതുകൊണ്ട് എനിക്ക് ആത്യന്തികമായി ക്ഷേമത്തിനുള്ള മാർഗം ഭഗവാനെ പറഞ്ഞു തരൂ സത്സംഗത്തിൽ എന്തുണ്ടാവുന്നു സത്സംഗത്വേ നിസ്സംഗത്വം നിസ്സംഗത്വേ നിർമോഹത്വം നിർമോഹത്വേ നിശ്ചലത്തത്വം നിശ്ചലത്വേ ജൈവി സത്സംഗത്തിൽ നമുക്ക് നമ്മളുടെ യഥാർത്ഥ സ്വരൂപത്തിനെക്കുറിച്ച് നമ്മൾ ആദ്യമായിട്ട് കഴുകുന്നു ഞാൻ ദേഹമല്ല ഞാൻ ആത്മാവാണ് ഞാൻ ഈ ദേഹമല്ല എന്റെ യഥാർത്ഥ സ്വരൂപം എന്താണ് എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഇത് സത്സംഗത്തിലല്ലാതെ എവിടെ കേൾക്കും സ്കൂളിൽ പഠിപ്പിക്കുവോ യൂണിവേഴ്സിറ്റിയിൽ പോയാൽ പഠിപ്പിക്കുവോ ലോകത്തിൽ ഒരു വിദ്യാഭ്യാസ മണ്ഡലത്തിലും നമുക്ക് നമ്മളെ വിദ്യയില്ല അല്ലെ നമ്മളെ വിദ്യ വേണമെങ്കിൽ സത്സംഗത്തിലേ കിട്ടുകയുള്ളൂ ഞാൻ ആരാണ് എന്നറിയണമെങ്കിൽ സത്സംഗത്തിൽ വേണം ഇരിക്കാൻ അപ്പോ യഥാർത്ഥ ഉള്ളിലുള്ള സത്വമായിട്ട് നമുക്ക് സംഘമുണ്ടാകും ഈ ദേഹം ഞാനല്ല ഞാൻ ആത്മാവാണ് എന്നുള്ള അനുഭവമാണ് സത്സംഗത്തിന്റെ വൈശിഷ്ട്യം അപ്പൊ എന്താവും അസത്തിനോടുള്ള സംഘം വിടും നിസ്സംഗത്വം സത്സംഗത്തിലെ സത്വമായി സംഘം ഏർപ്പെടുമ്പോ അസത്തായ ദേഹം മനസ്സ് ബുദ്ധി അഹങ്കാരം ഇതൊന്നും ഞാനല്ല എന്നറിയും നിസ്സംഗത്വം സത്സംഗത്വേ നിസ്സംഗത്വം ഞാൻ യഥാർത്ഥത്തിൽ നിത്യശുദ്ധ ബുദ്ധമുക്തസ്വഭാവമായ ആത്മാവാണെന്ന് തെളിയുമ്പോ നമ്മളുടെ ആത്മാവിനെ മറച്ചിരിക്കുന്ന മോഹം അകലും നിർമോഹത്വം നിർമോഹത്വേ നിശ്ചലതാത്വം ഉള്ളില് നിശ്ചലത ചലിക്കുന്ന മനസ്സ് ചഞ്ചലമായ മനസ്സിനെ കടന്ന് നിശ്ചലമായ അധിഷ്ഠാനത്തിനെ നമ്മൾ കാണും ഈ മനസ്സിന്റെ ചിത്തവൃത്തികൾക്കൊക്കെ പുറകിൽ ചലിക്കാതെ നിൽക്കുന്ന സബ്സ്ട്രാറ്റം ആ അധിഷ്ഠാനത്തിനെ നമ്മൾ കാണും ആ അധിഷ്ഠാനമാണ് നമ്മളുടെ സ്വരൂപം എന്ന് അറിയുമ്പോ നിശ്ചല തത്വേ ജീവൻ മുക്തി ശരീരത്തിലുള്ളപ്പോ തന്നെ ജീവൻ മുക്തി ലളിതമായ ഉപായം ഒരു സദ്ഗുരുവിന്റെ പരമാനുഗ്രഹം ഏർപ്പെടുമ്പോ സത്സംഗത്തിൽ നിന്നും നിസ്സംഗത്വവും നിർമോഹത്വവും നിശ്ചലതത്വവും ജീവൻമുക്തിയും ഉണ്ടാവുന്നു അതുകൊണ്ട് ക്ഷണാർത്ഥോപി സത്സംഗ ശേവധരെന്ന് ഒരു ക്ഷണ അർത്ഥം ക്ഷണം എന്ന് വെച്ചാൽ കൈഞ്ഞൊടിക്കുന്ന വേഗം അതിന്റെ ഒരർദ്ധം എന്നാണ് ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് സത്സംഗം ഉണ്ടാവുകയാണെങ്കിൽ ആളെ മാറ്റിമറിക്കും പരിപൂർണമായും വ്യത്യാസപ്പെടുത്തും ഇതിന് എനിക്കെപ്പോഴും ഓർമ്മ വരുന്ന ഒരു കഥ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടാവും എന്നാലും ഞാനത് പറയാം വിവേകാനന്ദ സ്വാമികൾ രാമകൃഷ്ണ പരമഹംസരുടെ സമാധിക്ക് ശേഷം പരിവ്രാജകനായിട്ട് നടന്നു അങ്ങനെ നടക്കുമ്പോൾ കാശിയിൽ നിന്നും ഒരു എൺപത് കിലോമീറ്റർ ദൂരത്തിലാണ് ഖസിപൂർ എന്നൊരു സ്ഥലം അവിടെ പാവഹരി ബാബ എന്ന് പറഞ്ഞൊരു മഹാത്മാവുണ്ടായിരുന്നു പാവഹരി ബാബ എന്നുവച്ചാൽ പവന ആഹരി ബാബ എന്ന് വിളിച്ചു വിളിച്ചിട്ടാണ് അദ്ദേഹത്തിന് പാവഹരി ബാബ എന്ന് പേര് വന്നത് അദ്ദേഹം ഊണ് ആരും കണ്ടിട്ടില്ല അദ്ദേഹം ഭക്തന്മാർക്കൊക്കെ വെച്ചു വിളമ്പി കൊടുക്കും താൻ കഴിക്കുന്നത് ആരും കണ്ടിട്ടില്ലേ ഒരു രാജയോഗിയായിരുന്നു വിവേകാനന്ദ സ്വാമികൾ അദ്ദേഹത്തിന്റെ കംപ്ലീറ്റ് വർക്ക്സില് മനസ്സിനെ ദിവസം ധ്യാനം കൊണ്ട് ശുദ്ധമാക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ സ്വാമിജി പറയുന്നു ലക്ഷ്യത്തിന് എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണോ അത്രയും മാർഗത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം നമ്മൾക്ക് ലക്ഷ്യം ആത്മസാക്ഷാത്കാരം അതിന് നമ്മൾ ഒരു മാർഗം കണ്ടെത്തിയാൽ പിന്നെ ലക്ഷ്യത്തിനെ മറന്നു കളഞ്ഞാൽ പോലും വേണ്ടില്ല മാർഗത്തിൽ ശ്രദ്ധ പതിപ്പിച്ചു ലക്ഷ്യത്തിൽ എത്തിക്കൊള്ളും ആദ്യം ലക്ഷ്യത്തിനെ നിശ്ചയിക്കുന്നു പിന്നെ മാർഗം കണ്ടെത്തുന്നു പിന്നെ ആ മാർഗത്തിൽ ശ്രദ്ധിക്കണം ഈ ഉപദേശം പറഞ്ഞിട്ട് പറയുന്നു എനിക്ക് ഈ സന്ദേശം പാവ്ഹരി ബാബാവിൽ നിന്നാണ് കിട്ടിയത് ഈ പാവ്ഹരി ബാബ അദ്ദേഹത്തിന്റെ കൂടെ കുറച്ചുകാലം വിവേകാനന്ദ സ്വാമികൾ താമസിക്കുകയും രാജയോഗത്തിന്റെ പല പാഠങ്ങളും അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് പഠിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് ഹിമാലയത്തില് നടക്കുമ്പോ ഹിമാലയത്തിലുള്ള പഹാഡീസ് അവിടെ ഒരു ഗ്രാമത്തിൽ ഒരു സാധുവിനെ കണ്ടു വളരെ തേജസ്വിയായ ഒരു താപസൻ വിവേകാനന്ദ സ്വാമി തന്നെ പറഞ്ഞു എലുമിന തേജസ്വിയായ ഒരു സാധു ഇവര് തമ്മിൽ വളരെ പ്രിയമായി സ്വാമികൾ തന്റെ കഥയൊക്കെ പറഞ്ഞു രാമകൃഷ്ണ പരമംസരുടെ കൂടെ താൻ ഇരുന്നതും പറഞ്ഞു ആ സാധുവിനോട് ചോദിച്ചു ഇങ്ങനെ വിവേകാനന്ദ സ്വാമികൾ കഥ പറഞ്ഞുകൊണ്ടുവന്നു പാവഹരി ബാബാവിനെ കുറിച്ച് കഥ പറഞ്ഞു ഈ സാധുവിന്റെ അടുത്ത് അപ്പൊ പാവുഹരി ബാബാവിനെ എനിക്കും അറിയാം എന്ന് ആ സാധു വളരെ കാഷ്വലായിട്ട് പറഞ്ഞു അറിയാം അറിയാം എന്നു ആദ്യം റിവീൽ ചെയ്തില്ല അപ്പൊ സ്വാമി പറഞ്ഞു പാവുഹരി ബാബാവിന്റെ പല കഥകൾ സ്വാമിക്ക് അറിഞ്ഞ കഥകളൊക്കെ ഈ സാധുവിനോട് പറഞ്ഞു എന്നിട്ട് സ്വാമി പറഞ്ഞു പാവുഹരി ബാബ വരുന്നവർക്കൊക്കെ വാരി കൊടുക്കും ഹരിയായിട്ടും വസ്ത്രമായിട്ടുമൊക്കെ അദ്ദേഹത്തിന്റെ ഒരു ചെറിയ ഗുഹ അതിനകത്ത് നിന്ന് എടുത്തെടുത്ത് കൊടുക്കും ഇത് കണ്ടിട്ട് ഒരു കള്ളൻ ഇതിൽ ധാരാളം സമ്പത്തുണ്ടെന്ന് ധരിച്ച് ഒരു ദിവസം ആരുമില്ലാത്ത സമയം ആ ഗുഹയുടെ ഉള്ളിൽ പോയി അപ്പൊ ബാബ അവിടെ ധ്യാനിച്ചിരിക്കാനും അവിടെ ഒന്ന് കാര്യമായിട്ടൊന്നും കിട്ടിയില്ല കിട്ടിയ കുറെ സാധനമൊക്കെ തുണിയിൽ വലിഞ്ഞ് കെട്ടിയിട്ട് അതും എടുത്തുകൊണ്ട് പുറപ്പെടാൻ നിൽക്കുമ്പോൾ ഒരു ചെമ്പുപാത്രം ആ പാത്രവും എടുത്തു അപ്പൊ ബാബ ഉള്ളുനിന്ന് വരുന്നു ബാബാവിനെ കണ്ടു ആ പാത്രം ചുവട്ടിലിട്ടിട്ട് ഈ കള്ളൻ ഓടി പാഹരി ബാബ ഈ പാത്രവും എടുത്തുകൊണ്ട് ഇയാളുടെ പുറകെ ഓടി ഇയാളുടെ പുറകെ കുറച്ച് ഭക്ഷണവും എടുത്തുകൊണ്ട് ഓടി ഇയാളെ ഓടിച്ചിട്ട് പിടിച്ചു കുറേ ദൂരെ ഓടിച്ച് പിടിച്ചിട്ട് അദ്ദേഹത്തിന്റെ ആ കള്ളന്റെ കാലുകൂടി നമസ്കരിച്ചു നമസ്കരിച്ചുകൊണ്ട് നാരായണൻ തസ്കരാണോ അമ്പത ഏത മഹം എത്ത് ഏത് രൂപത്തിൽ നാരായണൻ വരൂ എന്നറിയില്ല അങ്ങ് എന്നെ കണ്ട് എന്തിനു പേടിച്ചോടണം ഇവിടെയുള്ള സ്വത്തൊക്കെ അങ്ങയുടെയാണ് എന്റെ ഒരു സ്വത്തും ഈ ലോകത്തിലില്ല യെസ് എന്ന സ്വഹാ പരയി വിത്തേഷു ആത്മനിവാഭിത ഇനി ഭാഗവതത്തിൽ പറയാൻ പോകുന്നു ഒന്നിലും തന്റേതെന്നില്ല അപ്പൊ എന്നെ കണ്ട് എന്തിനു ഭയപ്പെടണം ഈ ഭക്ഷണം കഴിക്കൂ എന്ന് പറഞ്ഞ് കള്ളനെ സ്വയം ഊട്ടിയെത്തിഞ്ഞു എന്നിട്ട് ഈ പാത്രം ജമ്പുപാത്രം കൊടുത്തു എന്ന് വിവേകാനന്ദ സ്വാമികൾ കഥ പറഞ്ഞപ്പോ ആ മുമ്പിലിരിക്കുന്ന സാധു ചിരിച്ചുകൊണ്ട് സ്വാമിജിയോട് പറഞ്ഞു സ്വാമിജി ആ കള്ളനാണ് ഞാൻ ആ കള്ളനാണ് ഞാൻ പാഹുഹരി ബാബ എന്ന് എന്നെ ആലിംഗനം ചെയ്തുവോ ആ പവിത്രമായ അംഗം എന്നെ സ്പർശിച്ചതോടുകൂടെ എന്റെ സ്വഭാവം മുഴുവൻ മാറിപ്പോയി ഞാൻ എന്റെ പഴയ അശുദ്ധി മുഴുവൻ പോയി ക്ഷണാർത്ഥോപി സത്സംഗരാം ഭഗവാൻ രമണ മഹർഷിക്ക് കുട്ടിക്കാലത്ത് രണ്ടു കൂട്ടുകാരുണ്ടായിരുന്നു ഒന്ന് രംഗൻ എന്നു പേര് ഒന്ന് മണി എന്ന് ഈ മണിക്ക് പിൽക്കാലത്ത് മഹാപോക്രിയായിട്ട് മാറി തോന്നിയവാസിയായിട്ട് മാറി ആ നാട്ടുകാരൊക്കെ ഇയാൾക്ക് പോക്രി മണി എന്നാണ് പേര് വച്ചിരുന്നത് വാദിയായിട്ട് മാറി ഒരുപാട് പേരോട് ഷണ്ട കൂടി ബഹളം കൂട്ടു എല്ലാ ദുസ്വഭാവങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഈ രംഗൻ പിക്കാലത്ത് മഹർഷി മധുരയിൽ നിന്നും എല്ലാം വെട്ടി തിരുവണ്ണാമലയിൽ വന്നപ്പോഴും രംഗൻ മഹർഷിയെ കാണാൻ വന്നു തന്റെ കൂട്ടുകാരെന്നുള്ള ഭാവത്തിലല്ല ഈശ്വരൻ ഗുരു എന്നുള്ള ഭാവത്തോടു കൂടെ സമീപിച്ചു പക്ഷെ അപ്പോഴും ഈ മണി നാട്ടില് മഹർഷിയെ കളിയാക്കിക്കൊണ്ട് നടക്കും അത്രേ എന്തോ തിരുവണ്ണാമലയിൽ പോയി കോണകവും കെട്ടി നടക്കുന്നു അമ്മ പോയി വിളിച്ചിട്ടും വന്നില്ല എനിക്കൊരു ചാൻസ് കിട്ടിയാൽ ഞാൻ അവന്റെ ചെവിയിൽ പിടിച്ചു വലിച്ചുകൊണ്ടുവരും എന്ന് പറയുമായിരുന്നു കുറെ വർഷങ്ങൾക്ക് ശേഷം മഹർഷി വിരൂപാക്ഷ ഗുഹയിൽ താമസിക്കുമ്പോ ഈ മണി അദ്ദേഹത്തിന്റെ അമ്മ വളരെ നിർബന്ധിച്ച് ഒരു വഴിപാട് നേർച്ച തീർക്കാനായിട്ട് തിരുപ്പതിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാൻ അപ്പൊ തിരുപ്പതിയിലേക്ക് പോകുന്ന വഴി തിരുവണ്ണാമലയിൽ ഇറങ്ങി അപ്പോ ഇവരമ്മ പറഞ്ഞു ഇവിടെ എവിടെയോ ആണ് രമണ മഹർഷി ഉള്ളത് നമുക്ക് ചെന്നൊന്ന് കണ്ടിട്ട് വരാം നമ്മളുടെ കൂടെ വളർന്ന കുട്ടിയല്ലേ ഇപ്പൊ എല്ലാവരും പറയുന്നു വലിയ മഹാത്മാവായിട്ടിരിക്കുന്നു എന്ന് പറയുന്നു കാവ്യകണ്ഠ ഗണപതി മുനിയും അദ്ദേഹത്തിന് ശരണാഗതി ചെയ്തു എന്ന് കേട്ടിട്ടുണ്ട് നമുക്കൊന്നു പോയി കാണാം ഏ എനിക്കറിയില്ലേ അവനെ ഞങ്ങളൊക്കെ ഒന്നിച്ച് കളിച്ചതല്ലേ ഇവിടെ എന്തോ വന്ന് വലിയ സ്വാമിയായി എന്ന് വെച്ചാൽ ആള് മാറുമോ ഞാനൊന്നും വരില്ല എന്ന് പറഞ്ഞു കൂട്ടിക്കൊണ്ടുപോയില്ല അമ്മ നിർബന്ധിച്ചും കൂട്ടിക്കൊണ്ടു പോയില്ല തിരുപ്പതിക്ക് പോയി തിരുപ്പതിക്ക് പോയി തിരിച്ചു വരുമ്പോ വീണ്ടും തിരുവണ്ണാമലയിൽ ഇറങ്ങി അമ്പലത്തിൽ ചെന്ന് തൊഴുതു അരുണാചലേശ്വര ക്ഷേത്രത്തിൽ അമ്മ അവിടെ പൂജാരിയോട് അന്വേഷിച്ചു ഇവിടെ രമണ മഹർഷി എന്ന് പറഞ്ഞൊരു സാധുവുണ്ട് മഹാത്മാവുണ്ട് അദ്ദേഹത്തിന് എവിടെ കാണും പൂജാരി പറഞ്ഞു വളരെ അടുത്താണ് അമ്പലത്തിന്ന് പുറത്തിറങ്ങിയാൽ തന്നെ വടക്ക് ഗോപുരത്തുനിന്ന് മുകളിലേക്ക് കയറിയാൽ വിരൂപക്ഷ ഗുഹ അവിടെ ഉണ്ട് നിങ്ങൾക്ക് ചെന്നാ കാണാം അമ്മ അമ്പലത്തുനിന്ന് പുറത്തു വന്നതും ഈ മകനോട് പറഞ്ഞു നീ വരികയാണെങ്കിൽ ശരി വരണില്ലെങ്കിൽ ശരി ഞാൻ പോയി കണ്ടിട്ട് വരണു ഇവിടെ നിന്നോളൂ എന്ന് പറഞ്ഞ അമ്മ വിരൂപാക്ഷ ഗുഹയിലേക്ക് കയറി ചെന്നു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരെ ഇദ്ദേഹം ചോട്ടൽ നിന്നു കുറച്ചു എന്തോ ഒരു ഔത്സുഖ്യമോ എന്തോ കാരണം എന്നാൽ ചെന്ന് കണ്ടു എന്ന് പറഞ്ഞ് അമ്മയുടെ പുറകെ ഇദ്ദേഹവും കയറി കയറി ചെന്ന് ഗുരുപാക്ഷ ഗുഹയില് ചെന്നപ്പോ അവരുടെ അമ്മ തന്നെ പറയാണ് പിൽക്കാലത്ത് മകനെ ഈ ഒരു അവസ്ഥയിൽ അമ്മ കണ്ടിട്ടേ മഹർഷിയെ മുമ്പിൽ കണ്ടതും അസ്ത്രപ്രജ്ഞനായിട്ട് കണ്ണിൽ നിന്ന് ധാരധാരധാരയായിട്ട് കണ്ണീര് ഒഴുകുന്നു അദ്ദേഹം പറയുന്നു പിന്നാലെ ഞാൻ കാണാൻ പ്രതീക്ഷിച്ച എന്റെ കൂട്ടുകാരന്റെ ഒരു അംശം പോലും അവിടെ ഇല്ല ഹംഫ്രീസ് ഇന്റർനാഷണൽ സൈഗി ഗസറ്റിൽ രമണ മഹർഷിയെ കുറിച്ച് അദ്ദേഹം ഒരു വാക്ക് ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തു ഐ ലുക്ക് ഹിം ഫോർ ഹാഫ് എൻ അവർ ഐ ഫെൽ ഹിസ് ബോഡി ഇസ് എ ഡെഡ് കോർപ്സ് ബട്ട് ത്രൂ ഹിസ് ഐസ് God was radiating terrifyingly. േറ്റിംഗ് ടെറിഫിക്കലൈ ശരീരം ജഡം പോലെ ഉണ്ടായിരുന്നു കണ്ണുകളിലൂടെ ഉജ്വലമായി ഈശ്വരസത്ത ഭഗവത് സ്വരൂപം പ്രകാശിക്കുകയായിരുന്നു ഈ മണി കുറച്ചു നേരം നിന്നു സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു വിതുമ്പി വിതുമ്പി കരയാൻ തുടങ്ങി അപ്പോഴൊന്നും മഹർഷി മിണ്ടി ചലിച്ചതേയില്ല തനിക്ക് പരിചയമുള്ളവരാണെന്നും കാണിച്ചില്ല വർത്തമാനം ചോദിച്ചില്ല അനങ്ങിയില്ല ചലിച്ചില്ല കണ്ണുപോലും ചലിച്ചില്ല ഉണ്ടാതിരിക്കുന്ന സമയമാണ് തിരിച്ചുപോയി ഇവര് അമ്മയെ കൊണ്ട് മധുരയിൽ കൊണ്ട് ചെന്നാക്കി ആൾ വന്നു ക്ഷണാർദ്ദോഭി സത്സംഗ ശേവധർന്ദ്രാം തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് മഹർഷിയുടെ മുമ്പിൽ കരഞ്ഞു വിതുമ്പി വിതുമ്പി കരഞ്ഞു കൊണ്ട് പറഞ്ഞു ഭഗവാനെ ഞാൻ താറുമാറായ എന്റെ മനസ്സിന് യാതൊരു സ്വസ്ഥതയില്ല എനിക്ക് വഴി കാട്ടണം ഞാൻ എങ്ങനെ ശാന്തി നേടും എനിക്കെവിടെ ശാന്തി മഹർഷി ചിരിച്ചുകൊണ്ട് പറഞ്ഞു മണി ഇരുക്കരുത് എതുവോ അത് നെമ്മതിദാം അന്ന നമ്മതിയെ നാമാക്കെ എടുത്തുക്കരമേത്തവരെ നമ്മതി എങ്കെന്നും വരപ്പോറത്തില്ല ശാന്തി നമ്മളുടെ സ്വരൂപമാണ് ശാന്തി എവിടുന്നെങ്കിലും കൊണ്ടുവരേണ്ടതല്ല മനസ്സ് ചലിക്കുന്നത് നമ്മളുടെ സ്വസ്വരൂപമായ ശാന്തി നമുക്ക് അനുഭവപ്പെടുന്നില്ല മനസ്സിന്റെ ഈ ചാഞ്ചല്യം അല്പമൊന്ന് അസ്തമിച്ചാൽ നമ്മളുടെ സ്വസ്വരൂപമായ ശാന്തി സ്വയമേവ പ്രകാശിക്കും മനസ്സിലെ അനേക വിചാരങ്ങൾ വരുന്നത് കൊണ്ട് മനസ്സിങ്ങനെ ചഞ്ചലമായിരിക്കുന്നു മനസ്സിൽ ഊടും അഹങ്കാരം നിറഞ്ഞു നിൽക്കുന്നു ഈ അഹങ്കാരം അസ്തമിച്ചാൽ മനസ്സടങ്ങും അഹങ്കാരം അസ്തമിക്കണമെങ്കിൽ അതിന് നേരായിട്ടുള്ള മാർഗം ഞാൻ ആര് എന്ന് വിചാരം ചെയ്തു നോക്കൂ ഈ ഞാൻ എന്ന് തോന്നുന്ന ഈ അഹങ്കാരം എന്താണെന്ന് വിചാരം ചെയ്തു നോക്കൂ അത് അടങ്ങും ഇങ്ങനെ പലവട്ടം ഉപദേശിച്ചു പക്ഷെ ഇദ്ദേഹത്തിന് ആത്മവിചാരം ചെയ്യാനൊന്നും പിടികിട്ടുന്നില്ല പലവട്ടം മഹർഷി ഉപദേശിച്ചിട്ടും എനിക്ക് മനസ്സിലാവണില്ല ഒരു ദിവസം കരഞ്ഞുകൊണ്ട് മഹർഷിയുടെ കാല് രണ്ടും പിടിച്ചുകൊണ്ട് ഭഗവാനെനിക്ക് വഴി കാണിച്ചു തരണം എനിക്ക് ആത്മവിചാരവും ചെയ്യാൻ പറ്റുന്നില്ല ധ്യാനവും ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് വഴി കാണിക്കണം മഹർഷി കാലില് പിടിച്ചപ്പോൾ വളരെ കാഷുവലായിട്ട് മണി വിട് ശിവശിവാനു ചൊല്ലി ചുമ്മാര് ഇത് തമിഴിലുള്ള സാധാരണ ഒരു ചൊല്ലാണ് ശിവശിവ എന്ന് പറഞ്ഞിരിക്കുക എന്നാണ് ശിവശിവാന്ന് ചൊല്ലി ചുമ്മായിര് വിട് അദ്ദേഹം പിടിവിട്ടു നർത്തനം ചെയ്തു മഹർഷിയുടെ മുമ്പിൽ ആനന്ദമായിട്ട് എനിക്കിന്ന് മന്ത്രദീക്ഷ കിട്ടിയ ആ ക്ഷണം മുതൽ ശിവശിവ ശിവശിവ ശിവശിവ ശിവശിവ അത് ശരീരത്തിൽ നാടിയിലും നരമ്പിലും രക്തത്തിലും ഹൃദയത്തിലും തന്റെ ജീവനിലും കലർന്നു ചേർന്നു ആ അക്ഷരം രണ്ടക്ഷരം അത് അദ്ദേഹത്തിന് പിന്നെ തന്റെ ഹൃദയമന്ത്രവുമായിട്ട് തീർന്നു ഈ അക്ഷര ഈ ശിവശിവ ശിവശിവ ജവിച്ചുകൊണ്ട് ശയനപ്രദക്ഷിണം ചെയ്യും അവിടെ മുഴുവൻ അവസാന കാലത്ത് അദ്ദേഹത്തിനെ കണ്ട് വിശ്വനാഥസ്വാമികൾ എന്ന് പറയുന്ന മഹാത്മാ അദ്ദേഹം പറഞ്ഞു ബ്രഹ്മ തേജസ്സുകൊണ്ട് മുഖം ജ്വലിക്കാം ഇരുമ്പ് സ്വർണമായും മാറിയ പോലെയാണ് അദ്ദേഹം ഇരുമ്പ് സ്വർണമായും മാറിയ പോലെ വളരെ വിപരീതമായിട്ടിരുന്ന ഒരാള് ക്ഷണാർദ്ധോം ഇരുമ്പിനെ ചിന്താമണി ഇരുമ്പിനെ സ്വർണമാക്കുന്ന പോലെ ഇവിടെ ആള് അതേ പൂർണ്ണമായും മാറിപ്പോകുന്നു ക്ഷണാർദ്ധോപി സത്സംഗ അതുകൊണ്ട് ഇവിടെ രാജാവ് നിമിചക്രവർത്തി പറയാണ് ഭഗവാനെ ഈ സംസാരത്തിൽ അങ്ങനെ അങ്ങേ പോലെയുള്ള മഹാത്മാക്കൾ എനിക്ക് കിട്ടിയിരിക്കുന്നു എനിക്ക് ഭാഗവതധർമ്മം പറഞ്ഞു തരൂ ൻ ഭാഗവതാൻ ബ്രൂത്ത് കഥാസന്ദർഭം ഓർക്ക നിമിചക്രവർത്തി ആദ്യം ഒമ്പത് യോഗികളായ ആദ്യത്തെ യോഗി കവി എന്ന് പേര് കവി എന്ന് വെച്ചാൽ മന്ത്രദ്രഷ്ടാരോ ഋഷയാഹ മന്ത്രം ദർശിക്കുന്നവരാണ് ഋഷികൾ ക്രാന്തദർശികളാണ് കവികൾ കവി എന്നുള്ള പേര് ഭഗവാന് മാത്രമുള്ളതാണ് കവിം പുരാണം അനുശാസിതാരം അണോരണീയാൻ സമനുസ്മരെ എന്ന് ഭഗവത്ഗീതയിൽ കവി എന്ന് ഭഗവാന് പേര് ലോകത്തിലും ആളുകൾ എങ്ങനെ കവിയാകുന്നു ഭഗവാൻ ഹൃദയത്തിൽ വരുമ്പോൾ അവർ കവിയാവും അല്ലാതെ വെറുതെ കവിത കൂട്ടിയുണ്ടാക്കി എഴുതിയാൽ ആവില്ല ഭഗവാൻ ഹൃദയത്തിൽ വരുമ്പോ കവിയാവും ഭഗവാൻ പാടിപ്പിക്കണം എന്നാൽ പാട്ടായി കവിയായി ഭഗവാന്റെ കൃപ കൊണ്ടുവരണം കവിത അപ്പോ കവി എന്നയാൾക്ക് പേര് ജ്ഞാനി എന്നർത്ഥം ആദ്യത്തെ യോഗീശ്വരൻ അദ്ദേഹത്തിനെ ചെന്ന് നമസ്കരിച്ചുകൊണ്ട് രാജാവ് ചോദിക്കുന്നു ധർമാൻ ഭാഗവതാൻ ബ്രൂത്ത് യദിനുതയേക്ഷ യസ്യതി ആത്മാനം അഭി അജഹാം ഭഗവാൻ ആത്മാവിനെ തരുന്നു എന്നാണ് ആത്മാവിനെ തരാൻ പറ്റുമോ എന്നുവെച്ചാൽ ജ്ഞാനമുണ്ടാക്കുന്നു ർക്ക് ഭാഗവതധർമ്മത്തിനെ അറിയുന്നവനും അതുകൊണ്ട് എനിക്ക് ഭാഗവതധർമ്മം പറഞ്ഞു തരൂ ചുരുക്കി പറഞ്ഞാൽ ആത്മോപദേശം ചെയ്തു തരൂ എന്നർത്ഥം എനിക്ക് ആത്മസാക്ഷാത്കാരത്തിനുള്ള വഴി കാണിച്ചു തരൂ എങ്ങനെ ജീവിച്ചാൽ എന്തറിഞ്ഞാലാണ് സംസാരദുഃഖം മാറിക്കിട്ടുക ഈ സംസാരവ്യാധി മാറാനുള്ള വഴി കാണിച്ചു തരാം മരുന്ന് തരാം മാർഗം കാണിച്ചു തരാം എന്ന് ആദ്യത്തെ യോഗീശ്വരനോട് പ്രാർത്ഥിച്ചു ഈ സംസാര ഭയം എങ്ങനെ നീങ്ങിക്കിട്ടും അപ്പോ കവി എന്നുള്ള യോഗീശ്വരൻ പറയാണ് മന്യേ അകുതശ്ചിത് ഭയമ്യുത പാദാം അത്ര നിത്യം ഉദ്വിനബുദ്ധേരസദത്മഭാവാ വിശ്വാത്മനർത്തീവ് ഭഗവത പ്രോക്ത ഉപയാത്മലബ്ധംസാവിദുഷാ വിദ്ധി ഭാഗവതാസ്രോ രാജൻ ന പ്രേത കിചിദ്ദാവൻ നിമീല്യേത്രേ നഖലേത് നാ മനസേന്ദ്രിവാ ബുദ്ധ്യത്മന പ്രകൃത്തെ സ്വഭാൽ കോതിയ സകലം പരസ്മൈ നാരായത് സമർപ്പത്തയം ദ്വിതീയാ വിനിവത സാത് विपर्ययो ഈശാദേതോ സ്മൃതി തന്മായ അതജത്തു ഭക്തികേശം ഗുരുദേവതാത്മാ അവിദ്യമാനോപ്പി ഹി द्वयो ദ്യാദുർദിയ സ്വപ്നമനോരഥോ യ സങ്കൽപ്പ വികൽപ്പന ബുധോ നിരുന്ധ്യാത് അഭയം തത് സാത് ഭയമില്ലാത്ത സ്ഥിതി എങ്ങനെ വരും ബുധോ നിരുന്ധ്യാത് നിരോധം ചെയ്യണം എന്തിനെ നിരോധം ചെയ്യണം മനഹാ നിരോ നിരുന്ധ്യാത് മനസ്സിനെ നിരോധം ചെയ്യുന്നു മനസ്സ് എന്താണ് കർമ്മ സങ്കൽപ്പ വികൽപ്പകം മനഹാ കർമ്മം ചെയ്യിപ്പിക്കുന്നു അനേക സങ്കൽപ്പങ്ങളെ ഉണ്ടാക്കുന്നു ഭാവന ചെയ്യിപ്പിക്കുന്നു ആ മനസ്സ് ഉണ്ടെങ്കിൽ ദ്വൈതമുണ്ട് രാത്രി ഉറക്കത്തിൽ ദ്വൈതമുണ്ടോ യാതൊരു ദ്വൈതമില്ല ശിവവാക്യർ എന്ന സിദ്ധൻ പറയുന്നു ഒരു വൈഷ്ണവനും ശൈവനും കൂടെ ഒരു സദസ്സിൽ ഷണ്ഠയോ ഷണ്ഠ വിഷ്ണുവാണ് ശിവനാണെന്ന് വിഷ്ണുവിനെ പറയണവൻ വിഷ്ണുവിനെയും കണ്ടിട്ടില്ല ശിവനെ പറയണവൻ ശിവനെയും കണ്ടിട്ടില്ല രണ്ടുപേരും ഷണ്ഠ ഷണ്ഠ സദസ് സദസ്സ് അന്നത്തേക്ക് അവസാനിപ്പിച്ചു അടുത്ത ദിവസത്തേക്ക് വെച്ചു രാത്രി അവർക്ക് സുഖമായി ശാപ്പാട് കൊടുത്തു ഒരിടത്ത് കിടക്കാൻ സ്ഥലമൊക്കെ ഏർപ്പാടാക്കി കൊടുത്തു ഇരിട്ടത്ത് അടുത്ത് കിടക്കുന്ന ആളെ അറിഞ്ഞില്ല വൈഷ്ണവനും ശൈവനും അടുത്ത് തന്നെ കിടന്നു ഒരാളുടെ മേലെ ഒരാൾ കാലെടുത്തിട്ടിരിക്കണു അത്ര സുഖമായിട്ട് ഉറങ്ങണമെന്നാണ് ഉറക്കത്തിൽ ശണ്ടയൊന്നുമില്ല വൈണവനും ശൈവനും കൊരട്ടവിട്ടു തൂങ്കയിൽ ഈ വൈഷ്ണവനും ശൈവനും രണ്ടുപേരും കൂർക്കം വലിച്ചു ഉറങ്ങുമ്പോൾ ഇവിടെ വിഷ്ണുവില്ല ശിവനുമില്ല ഭേദവും ഇല്ല ദ്വൈതമില്ല യാതൊരു രണ്ടുപേരും സുഖമായിട്ട് ഉറങ്ങാത്രേ രാവിലെ മനസ്സ് ഉദിച്ചോണ്ട് അയ്യേ നിന്നെയാണ് ഞാൻ തൊട്ട് കിടന്നത് ഇപ്പൊ പോയി പ്രായശ്ചിത്തം ചെയ്യണം മനസ് ഉദിച്ചുവോ ദ്വൈതമൊക്കെ വന്നു അവൻ വേറെ ഇവൻ വേറെ അത് വേറെ ഇത് വേറെ മനസ്സ് ലയിച്ചപ്പോ എല്ലാ ദ്വൈതവും പോയി രാജാവില്ല ഭിക്ഷുവില്ല ബ്രാഹ്മണനില്ല ശൂദ്രനില്ല യാതൊരു ഭേദമില്ല സ്ത്രീ പുരുഷ ഭേദം പോലുമില്ല ഉറക്കത്തിൽ എല്ലാ ഭേദവുമുണ്ട് ഭയവും ഉണ്ട് ഉണർന്നിരിക്കും മനസ്സ് ലയിക്കുമ്പോ ഭയമൊന്നും കാണാനില്ല ഞങ്ങളുടെ അവിടെ ഒരാള് വളരെ പേടിയാണ് പക്ഷെ വേനൽക്കാലത്ത് ധൈര്യത്തിന് വേണ്ടി ഉമ്മറത്ത് കയറുകൊണ്ടുള്ള കട്ടില് കട്ടില് കിടക്കും തലമാട്ടില് കത്തിയും ടോർച്ചും വടിയും ഒക്കെ ധൈര്യത്തിന് അതൊന്നും ഉപയോഗിക്കാനുള്ള ധൈര്യമില്ല പിള്ളേരൊക്കെ കൂടെ രാത്രി എന്ത് ചെയ്തു ഉറങ്ങുമ്പോ കട്ടിലൂടെ പൊക്കിക്കൊണ്ടുപോയി ശ്മശാനത്തിൽ കൊണ്ടുവച്ചു പകുതി രാത്രി എണീറ്റ് നോക്കണു ചുഷ്ടം എങ്ങനെയുണ്ടാവും ഉറക്കത്തിൽ അറിഞ്ഞില്ല ശ്മശാനത്തിലും ഈ ഭയം പേടിത്തൊണ്ടനായ ഇയാളും ശ്മശാനത്തിൽ കട്ടിൽ കൊണ്ടുവച്ചപ്പോഴും ഉറങ്ങി രാത്രി എണീറ്റ് നോക്കിയപ്പോൾ ശ്മശാനത്തിലാണ് ഇരിക്കുന്നത് എത്ര പേടിക്കും മനസ്സ് ഉദിച്ച ഉടനെ ഭയം മനസ്സിൽ അയക്കുമ്പോൾ ഭയമേ ഇല്ല അപ്പോ ഭയത്തിന് കാരണമെന്താ ദ്വിതീയ അഭിനിവേശാം അഭിനിവേശം എന്ന് വെച്ചാൽ അറ്റാച്ച്മെന്റ് രണ്ടാമത് ഒരു വസ്തു ദ്വൈതം കാണും പക്ഷെ രണ്ടാമത് വസ്തുവിനോട് നമുക്ക് അറ്റാച്ച്മെന്റോ അവർഷനോ ഉണ്ടെങ്കിൽ അത് ഭയത്തിന് കാരണം എനിക്ക് ആരോട് അറ്റാച്ച്മെന്റ് ഉണ്ടോ അവരെ ഞാൻ ഭയപ്പെടും എങ്ങനെ അവരെന്നെ വിട്ടു പോകുമോ എന്ന് പേടി പണത്തിനോട് അറ്റാച്ച്മെന്റുണ്ട് പണം പോകുമോ എന്ന് പേടി പൊസിഷനോട് അറ്റാച്ച്മെന്റുണ്ട് പൊസിഷൻ പോകുമോ എന്ന് പേടി കുടുംബത്തിനോട് അറ്റാച്ച്മെന്റ് ഉണ്ട് കുടുംബത്തിലുള്ളവരെ എന്നെ ഉപേക്ഷിച്ചാലോ അവർ വിട്ടുപോയാലോ മരിച്ചുപോയാലോ അവർക്ക് വ്യാധി വന്നാലോ ഭയം അപ്പൊ ഭയത്തിന് മൂല കാരണമെന്താ ദ്വിതീയാത്വ ഭയംഭവതി എന്ന് ഉപനിഷത്ത് പറയുന്നു രണ്ട് ഉണ്ടോ ഭയമുണ്ട് ഒന്നേ ഉള്ളുവെങ്കിൽ ആരാരെ ഭയപ്പെടും ഭയപ്പെടാനിവിടെ എന്തുണ്ട് ഒന്നും ഭയമല്ല രണ്ട് ഉണ്ടോ ഈ രണ്ട് എവിടെ വന്നു അജ്ഞാനത്തിൽ നിന്നും വന്നു അവിദ്യയിൽ നിന്നും വന്നു എല്ലാവർക്കും ഭയം പ്രേതത്തിനെ ഭൂതത്തിനെ എന്തിനെയൊക്കെ ഭയം പക്ഷേ ഈ പ്രേതം ഭൂതമൊക്കെ എവിടെ ആര് കണ്ടിട്ടുണ്ടോ ഇല്ലേ ഇരുട്ടിലിതൊക്കെ ഉണ്ടാവും അല്ലേ ഏതെങ്കിലും പ്രേതകഥ പകലിലോ എത്ര പ്രേതം നോവലൊക്കെ ഉണ്ട് മലയാളത്തില് ഭൂതപ്രേത കഥകൾ ഏതെങ്കിലും പ്രേതത്തിന്റെ കഥ ആരെങ്കിലും രാവിലെ പത്ത് മണി ഓഫീസ് ടൈമിൽ ഒരു പ്രേതത്തിന്റെ കഥ എഴുതുവോ എല്ലാ പ്രേത രാത്രി പന്ത്രണ്ട് മണിക്ക് എന്ന് വന്നിട്ട് തുടങ്ങും അല്ലേ എന്താ ഇരുട്ടിന്റെ ജീവികളാണ് ഒന്നും വെളിച്ചത്തിൽ വരില്ല എല്ലാ അതുപോലെ അജ്ഞാനത്തിൽ ഉണ്ടാവുന്ന ഒരു പ്രേതമാണ് അഹങ്കാരം അഹങ്കാരം ഉദിച്ചുവോ ഇതംകാരം ഉദിക്കും അഹങ്കാരമുണ്ടായോ രണ്ടാമതായ ദ്വൈതമുണ്ടാവും എല്ലാ ദ്വൈതത്തിനും മൂലകാരണം എന്റെ ഉള്ളിലുള്ള അഹങ്കാരം അഹങ്കാരമുണ്ടായാൽ പ്രപഞ്ചത്തിൽ അനേക വസ്തുക്കൾ പൊന്തി വരും ദുഃഖമുണ്ടാകും ഞാൻ ഉണ്ടോ നീ അവൻ അത് ഇതൊക്കെ ഉണ്ട് ഞാനില്ലെങ്കിലൊന്നുമില്ല രാത്രി ഉറക്കത്തിൽ ആ ലയിക്ക അവസാനം ലയിക്കുന്നത് ഞാൻ എന്നുള്ള അഹങ്കാരമാണ് മനസ്സ് ഉള്ളിലേക്ക് കൂമ്പിക്കഴിഞ്ഞാൽ സ്വപ്നം കാണും സ്വപ്നത്തിലും അഹങ്കാരത്തിന്റെ ചലനമുണ്ട് അഹങ്കാരം ലയിച്ചാൽ ഉറങ്ങും രാവിലെ ഉറങ്ങി എണീക്കുമ്പോൾ ആദ്യം ഞാൻ എന്ന് പൊന്തും പിന്നെയാണ് ശരീരബോധം വരുന്നത് പിന്നെ എവിടെ കടക്കണോ പിന്നെയാണ് നീ അവൻ അതൊക്കെ വരും അപ്പൊ അഹങ്കാരം സംസാരദുഃഖത്തിന് മൂല കാരണം വ്യാധി അഹങ്കാരമുള്ളത് കൊണ്ട് ദ്വൈതമുണ്ട് ദ്വൈതമുണ്ടോ ഭയമുണ്ട് ഭയം ദ്വിതീയ അഭിനിവേശതാത് അവിദ്യമാനഹാ ഹി അവഭാതി ഇല്ലെങ്കിലും കാണുന്നു രണ്ട് എന്നാണ് ദ്വയഹ അവഭാതി ഒന്നായ നിന്നയുഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽപഥമിണ്ടാവതല്ല മമ പണ്ടേക്കണക്കെ വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകയെങ്കിലിഹ നാരായണായനമ മത്പ്രാണനും പരനും ഒന്നിനുറപ്പവർക്ക് തത്പ്രാണദേഹവും അനിത്യം കളത്രധനം സ്വപനാദിയിൽ പലത് കണ്ടിട്ടുണർന്നവരോട് ഒപ്പം ഗ്രഹിക്ക ഹരിനാരായണായനമ ഒന്നായ നിന്ന ഇഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽ ഒന്നിനെ രണ്ടെന്ന് കണ്ടോടനെ അഹങ്കാരം ഉണ്ടായി അവിദ്യമാനോപി അവഭാദീ ഹി ദ്വയഹാം രാത്രി ഇരുട്ട് ഒരു റൂമ് സുഖമായി തനിച്ച് കിടന്നുറങ്ങ തനിച്ച് കിടന്നുറങ്ങുമ്പോ അനേകം കള്ളന്മാര് നമ്മളെ ഓടിക്കുന്നതായിട്ട് സ്വപ്നം ഈ കള്ളന്മാരെവിടുന്ന് വന്നു ഓടുന്ന ഞാൻ എവിടുന്ന് വന്നു ഒന്നുമില്ല സുഖമായി ഉറങ്ങുന്ന സ്ഥലത്താണ് ഓടുന്നു കള്ളന്മാരെ പുറകെ എന്റെ പെട്ടിയിൽ ലക്ഷക്കണക്കിന് ഉറുപ്പ അവര് കൊണ്ടുപോവുമോ ബാങ്കിലെല്ലാം കൂടെ തെരട്ടിയാ മുപ്പത് ഉറുപ്പ്യണ്ട് പാസ്ബുക്ക് സ്വപ്നത്തിൽ ലക്ഷം രൂപ കയ്യിലുള്ളതായിട്ടും കള്ളന്മാർ ഓടിക്കുന്നതായിട്ടും പെട്ടിയോടെ എടുത്തുകൊണ്ടുപോകുന്നതായിട്ടും വലിക്കുന്നതായിട്ടും വിഷമങ്ങൾ ഈ ദ്വൈതം എവിടുന്നു ഇത്ര പേര് എവിടുന്ന് വന്നു ആരും ഞാൻ തനിച്ച് കടന്നുറങ്ങാം അത് കാരണമെന്താ ഒരു ലോട്ടറി ടിക്കറ്റ് വാങ്ങി തല ഇടയിൽ വെച്ചിട്ടുണ്ട് അടിക്കുവോ ആവോ നാളെ പേപ്പർ നോക്കണം വിചാരിച്ച് കിടന്നതാണ് അപ്പോഴാണ് സ്വപ്നത്തിൽ ആ ലോട്ടറി ടിക്കറ്റ് ലക്ഷക്കണക്കിന് രൂപ വന്നതായിട്ടും അത് എടുത്തുകൊണ്ട് പോകുമ്പോൾ കള്ളന്മാരോടി ഇവരൊക്കെ ഇവിടുന്ന് വന്നു ആരുമില്ല ഞാൻ തനിച്ച് ഏകമേവ അദ്വിതീയം അതില് അവബാധി എന്നാണ് ഇല്ലാത്തതൊക്കെ കാണുന്നു എങ്ങനെ ധ്യാതുർദ്ധിയ നിങ്ങളുടെ ബുദ്ധി തന്നെ ഉണ്ടാക്കുന്നു സ്വപ്ന മനോരഥവും സ്വപ്നവും മനോരഥവും ഒന്നാണ് വലിയൊരു രഹസ്യം നമ്മൾ സ്വപ്നം സ്വപ്നം എന്ന് പറയണു സ്വപ്നം എന്താ മനോരഥം തന്നെ സ്വപ്നം അല്ലെ ഇന്ദ്രിയം ഇല്ല ഇപ്പൊ ഇന്ദ്രിയങ്ങളുള്ളപ്പോൾ മനോരഥം എന്ന് നമ്മൾ പറയുന്നു കണ്ണുകൊണ്ട് ഇപ്പോൾ ജാഗ്രത അവസ്ഥ നിങ്ങൾ പലരും സ്വപ്നം കാണുന്നുണ്ടാവും പകുതി മനസ്സുകൊണ്ട് കേൾക്കുക പകുതി മനസ്സുകൊണ്ട് മനോരഥം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും മനോരഥം മാത്രമായാൽ അതിന് സ്വപ്നം എന്ന് പേര് ഈ ഇന്ദ്രിയ ഇവിടെ തന്നെ കിടന്നുറങ്ങിയാൽ ആ മനോരഥം ഉണ്ടല്ലോ അത് സ്വച്ഛന്തചാരിയായിട്ട് തരും അത് കൺട്രോൾ ഇല്ലാതാവുമ്പോൾ മനോരഥം മാത്രമാവും അതിന് സ്വപ്നം എന്ന് പേരും ഈ ജാഗ്രത്തിൽ മനോരഥം ഇല്ലാതായാൽ എന്താവും ജാഗ്രതത്തിൽ അതെപ്പോഴെങ്കിലും ചോദിച്ചു നോക്കുക ജാഗ്രതത്തിൽ മനോരഥമില്ലെങ്കിൽ ജാഗ്രത അവസ്ഥ തന്നെ ആത്മസാക്ഷാത്കാര സ്ഥിതി ജാഗ്രതത്തിൽ മനോരഥം ഇല്ലെങ്കിൽ മനോരഥം എന്ന് വെച്ചാൽ മനപായസം കുടിക്കുക അല്ലെ തോട്ട്സ് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നു വിതഔട്ട് എനി കൺട്രോൾ ഇമാജിനേഷൻ ഓപ്പറേറ്റ്സ് ഇൻഡിപെൻഡന്റ് ആ ഇമാജിനേഷൻ തന്നെ സ്വപ്നം ആ സ്വപ്നവും യും കൂടി കലർന്ന ജാഗ്രതാവസ്ഥയെ നമ്മൾ അവിദ്യ എന്ന് വിളിക്കുന്നു ജാഗ്രതാവസ്ഥയിൽ ഉള്ള നമ്മളുടെ അന്ധക്കരണത്തിൽ നിന്നും ഉറക്കത്തിനെയും സ്വപ്നത്തിനെയും നിശേഷം നീക്കുകയാണെങ്കിൽ ജാഗ്രതാവസ്ഥ ആത്മസാക്ഷാത്കാര സ്ഥിതിയാണ് നമ്മളൊക്കെ സാക്ഷാത്കാര സ്ഥിതിയിലാണ് ഇരിക്കുന്നത് പക്ഷെ ഈ സ്ഥിതിയിൽ In of is not clear. This this ം എന്ന് പറയുന്ന ഒരു അവിദ്യാശക്തി വന്ന് ഇങ്ങനെ കലർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അഡൾട്ടറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് എന്താ അലേർട്ട്നസ് വിജിലൻസ് ഇസ് നോട്ട് ക്ലിയർ നമ്മളുടെ ഈ സ്ഥിതി ഇപ്പോ ഉള്ള സ്ഥിതി ഉണ്ടല്ലോ ഉണർന്നിരിക്കുന്നു എന്ന് പറയുന്നു ആ ഉണർവിൽ ഉറക്കം കലർന്നതുകൊണ്ട് ഉണർവ് സാക്ഷാത്കാരമല്ല നമ്മളുടെ പൂർവ്വജന്മവാസനകൾ മനോരഥ മണ്ഡലമായിട്ടും ഉറക്കമായിട്ടും ഇതിനെ സഞ്ചിതം ആഗാമി എന്ന് പറയുന്നു മനോരഥ മണ്ഡലമായിട്ടും ഉറക്കമായിട്ടും നമ്മളുടെ ഉള്ളിൽ നിൽക്കുന്നുണ്ട് മനോരഥം തന്നെ ഉറക്കം മനോരഥം ഒന്നുകൂടെ ഡാർക്കർ സൈഡിലേക്ക് പോയാൽ ഉറക്കം മനോരഥം രജോ ഉറക്കം തമോ ജാഗ്രത് സത്വഗുണമാണ് പക്ഷെ ജാഗ്രത്ത് ജാഗ്രതത്തിൽ നിന്നും ഈ രജസും തമസും നീങ്ങിയാൽ സത്വവും ഉണ്ടാവില്ല ജാഗ്രത് സാക്ഷാത്കാര സ്ഥിതിയാണ് ഞാൻ പറയുന്നത് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതെന്റെ കുറ്റമല്ല ജാഗ്രത അവസ്ഥ എന്ന് വെച്ചാൽ അവേക്കൻഡ് സ്റ്റേറ്റ് ആണ് അല്ലെ നമ്മളുടെ വേക്ക്ഫുൾ സ്റ്റേറ്റ് എന്ന് നമ്മൾ പറയുന്നത് വേക്കിംഗ് സ്റ്റേറ്റ് ഈസ് ആക്ച്വലി സ്റ്റേറ്റ് സാക്ഷാത്കാരം ഉണ്ട് നമുക്ക് ജപ്തി പക്ഷേ അതിൽ അടൾട്ടറേഷൻ മനോരഥമായിട്ടും സ്വപ്ന മനോരഥവും യഥ മനോരഥത്തിൽ എന്ത് സംഭവിക്കുന്നു ഉറക്കത്തിൽ ഞാൻ ഒരുത്തൻ കിടന്നുറങ്ങുന്നു മുറിയിൽ ഞാൻ സുഖമായി ഊണ് കഴിച്ചിട്ട് എ സി റൂമിൽ കിടന്നുറങ്ങുമ്പോ മനോരഥം വേല ചെയ്യുന്നു അതുതന്നെ നമ്മൾ സ്വപ്നം അതിൽ വേറെ ഒരു ഞാൻ ഈ ഉറങ്ങുന്ന ഈ നാച്ചുറലായിട്ടുള്ള ഞാനിനെ വിട്ടിട്ട് വേറെ ഒരു ഞാൻ ആ ഞാൻ എന്ത് ചെയ്യുന്നു പത്ത് ദിവസമായി ആഹാരമില്ലാതെ ഒരു മരുഭൂമിയിൽ എവിടെയോ ആരോ ബസ്സിൽ കൊണ്ടുപോ ഇറക്കി വിട്ടു പോകാൻ സ്ഥലം കാണാതെ നടക്കുകയാണ് നടന്നുകൊണ്ടേയിരിക്കുന്നു എത്തണേല നടന്ന് നടന്ന് നടന്ന് നടന്ന് എത്തണില്ല ഉറങ്ങുന്ന ഞാന് ഇതെന്തെങ്കിലും വാദമുണ്ടോ സുഖമായി ഊണ് കഴിച്ചിട്ട് എ സി റൂമിൽ കിടക്കുമ്പോ മരുഭൂമിയിൽ ഊണ് കഴിക്കാതെ നടക്കുന്ന ഒരു ഞാൻ ആ ഞാൻ വാസ്തവമായ ഞാനാണോ അല്ല ആ ഞാൻ ജാഗ്രത്തിലും നമ്മളുടെ ഉള്ളിലുമുണ്ട് ഈ അലേർട്ടായിരിക്കുന്ന ഈ ഞാനിന് പകരം ഉള്ളിൽ മറ്റൊരു ഞാൻ അഹങ്കാര ഞാൻ ആ ഞാൻ മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെടും ഭാവനകൾ ചെയ്യും തന്നെ കുറിച്ച് എന്തൊക്കെയോ വിചാരിക്കും ഈഗോ അഹങ്കാരമെന്നു മറ്റുള്ളവർ എന്തു വിചാരിക്കും എന്ന് വിചാരിക്കും മറ്റുള്ളവരുടെ കണ്ണുകൂടെ നമ്മളെ നോക്കും ുള്ളിൽ ചലിച്ചുകൊണ്ടേയിരിക്കുന്നു ഒരു അഹങ്കൃതി അതാണ് അവിദ്യമാനോപി അവബാധി ദ്വയഹ ധ്യാതുർദ്ധിയ സ്വപ്ന മനോരഥയത സങ്കൽപ്പ വികൽപത്മം മനഃ അത് സങ്കല്പിക്കും സങ്കല്പം ഉണ്ടാക്കും വികൽപ്പം ഉണ്ടാക്കും വികൽപ്പം എന്നുവെച്ചാൽ ഡൌട്ടും ഉണ്ടാക്കും സംശയങ്ങളും ഉണ്ടാക്കും ശാന്തിയെ ഭഞ്ചിച്ചുകൊണ്ടിരിക്കും ആ മനസ് അടങ്ങിയാൽ അഭയം തപസ്യ പിന്നീട് ഭയപ്പെടില്ല എന്ന് അവർക്ക് ഭയമില്ല നമ്മളെ പുറത്തുനിന്ന് ആരും ഭയപ്പെടുത്തുന്നില്ല നമ്മളുടെ മനസ്സ് തന്നെ നമ്മളെ ഭയപ്പെടുത്തുന്നു പുറത്തുനിന്ന് ആരെങ്കിലും ഭയപ്പെടുത്തുന്നുണ്ടോ നമ്മളുടെ മനസ്സിന്റെ അജ്ഞാനം നമ്മളെ ഭയപ്പെടുത്തുന്നു അവിദ്യ നമ്മളെ ഭയപ്പെടുത്തുന്നു കൽപ്പനകൾ നമ്മളെ ഭയപ്പെടുത്തുന്നു Misunderstanding നമ്മളെ ഭയപ്പെടുത്തുന്നു Misinformation നമ്മളെ ഭയപ്പെടുത്തുന്നു ഞങ്ങളുടെ നാട്ടില് രണ്ടു മാഷന്മാരും ഒരേ സ്ഥലത്ത് അതിൽ ഒരു മാഷ മരിച്ചു രണ്ടു പേർക്കും ഒരേ പേര് രണ്ടുപേര് സ്കൂൾ മാഷ ഒരാള് മരിച്ചു ആ വാർത്ത നാട്ടിലൊക്കെ പറഞ്ഞു അടുത്ത ആഴ്ച ഇതിലും മറ്റേ ആള് ഒരു ചൂട്ടും കൊളുത്തിക്കൊണ്ട് പാടത്തു നടക്കുകയാണ് അയാൾക്കെതിരെ ഒരാശാമി വന്നു വെളിച്ചത് കണ്ടില്ലേ ആരാണ് ചോദിച്ചു ഞാനാണേ അയ്യോ മാഷെ നിങ്ങളല്ലേ കഴിഞ്ഞ ആഴ്ച മരിച്ച ബോധം കെട്ട് വീണു വേളിച്ചിട്ട് എന്താ ഇവിടെ ഭയത്തിന് എന്താണ് ഹേതു നോക്കണം നടന്ന സംഭവമാണ് കെട്ടി കഥയെടുക്കിയല്ല ഒരേ ിസ്ഇൻഫർമേഷൻ മനസ്സിൽ കടന്ന് മനസ്സ് കൽപ്പിച്ചു പേടിച്ചു ഭയം ഇല്ലെങ്കിലോ വാസ്തവത്തിൽ ഒരു പ്രേതത്തിനെ കണ്ടാ പോലും നാരായണത് ഭ്രാന്തനെ പോലെ പേടിക്കേണ്ട ആവശ്യമില്ല അല്ലെ നാരായണത് ഭ്രാന്തന് മുമ്പിൽ ഭൂതങ്ങളൊക്കെ വന്നു എന്നാണല്ലോ നാരായണത് ഭ്രാന്തൻ ഭയപ്പെട്ടില്ല ആരേ ഭയപ്പെട അവര് നമ്മളെ പോലെ ഒരു കാലത്ത് മനുഷ്യരായിരുന്നതല്ലേ അതേ സ്വഭാവമേ ഉണ്ടാവാൻ ആരെ ഭയപ്പെടാനാ ദ്വൈതം ഭാവനയിലാണ് ഭയം ഭാവനയിലാണ് അഹങ്കാരമുണ്ടോ മറ്റുള്ളവരുണ്ട് മറ്റുള്ളവരിൽ നിന്നുള്ള പേടിയുണ്ട് ഭയമുണ്ട് അഹങ്കാരം പോയവന് ഭയം അസ്തമിച്ചു അതാണ് പ്രവിഷ്ടോ ബ്രഹ്മനിർവാണം അഭയം ദർശിതം ത്വയ എന്ന് പരീക്ഷത്ത് പറഞ്ഞു അതുകൊണ്ട് അഹങ്കാരം പോയാൽ അവിദ്യ പോയാൽ അഹങ്കാരം അഹങ്കാരം എങ്ങനെ ഉണ്ടായി അഹങ്കാരം പ്രേതമാണ് ഭൂതം അവിദ്യ കൊണ്ട് ഉണ്ടായതാണ് അജ്ഞാനം കൊണ്ട് ഉണ്ടായതാണ് നമുക്ക് ഒരു സെപ്പറേറ്റ് പേഴ്സണാലിറ്റി ഉള്ളില് ഒരു സെപ്പറേറ്റ് ഇൻഡിവിജ്വാലിറ്റി ഞാൻ എന്തോ ആണ് അഹങ്കാരം അവിദ്യ കൊണ്ട് അവിദ്യ കൊണ്ട് കുട്ടിക്കാലം മുതലും നമ്മൾ അവിദ്യയെ ഫീഡ് ചെയ്ത് കൊടുക്കും അല്ലെ ഒരു കുട്ടിയെ കണ്ടാൽ എന്ത് ചോദിക്കും നീ നാളെ ആരാവണം ആ കുട്ടി എന്തെങ്കിലും ആവണം എന്ന് പറയും പിന്നെ ജീവിതം മുഴുവൻ ഈ ആവണം അതാവണം ഇതാവണം അങ്ങനെ ഇങ്ങനെയാവണം ചിന്തിച്ചിട്ട് ഭാവന ചെയ്ത് ഭാവന ചെയ്ത് താനല്ലാത്തതിനെയൊക്കെ താനായി ഭാവന ചെയ്തിട്ട് ഈ അഹങ്കാരം ഭവരോഗം എന്നിതിനാണോ പറയുന്നത് ഭവരോഗം എന്ന് വെച്ചാൽ ഭവിക്കാനുള്ള ആഗ്രഹം തന്നെ രോഗം ഞാൻ അതാവണം ഞാൻ ഇതാവണം ഞാൻ ഉള്ളതിനെ ആരും നോക്കണില്ല എന്താണോ അതിനെ നോക്കാതെ താൻ എന്തൊക്കെയോ ആവാനുള്ള വ്യഗ്രതയാണ് അപ്പോ ആയിക്കൊണ്ടേയിരിക്കണു ആവണം ആവണം എന്ന് വെച്ചാൽ ഓരോന്നും ആഗ്രഹിക്കുമ്പോ ആയിക്കൊണ്ടേയിരിക്കും പല വേഷങ്ങളും നമ്മൾ കെട്ടിക്കൊണ്ടിരിക്കും അങ്ങനെ കെട്ടുന്നതിന്റെ പരിണത ഫലമായി നമ്മളുടെ ഉള്ളിൽ ഉണ്ടായ ഈ അഹങ്കാരം മനോരഥം പോലെയോ സ്വപ്നം പോലെയോ ആണ് ഈ അഹങ്കാരം എപ്പ നിശേഷം അസ്തമിക്കും മനസ്സ് നിശ്ചലമായാൽ യോഗസാധന കൊണ്ട് നാമസങ്കീർത്തനം കൊണ്ട് ഭക്തി കൊണ്ട് നിശ്ചലമായാൽ മനസ്സ് നിരുദ്ധമായാൽ അഹങ്കാരം അസ്തമിക്കും അഹങ്കാരം അസ്തമിച്ചാലോ കായേന വാചാ മനസാ ഇന്ദ്രിയർവ എല്ലാവർക്കും ഈ ശ്ലോകം അറിയാം അല്ലെ കാണാതെ പഠിച്ച് കാണാതെ പഠിച്ച് അതിന്റെ അർത്ഥം നമുക്ക് ഓർമ്മയെ ഇല്ലാതായി ശരീരം കൊണ്ട് വാചാ വാക്കുകൊണ്ട് മനസാ മനസ്സുകൊണ്ട് ഇന്ദ്രിയവ ഇന്ദ്രിയങ്ങളുകൊണ്ട് ബുദ്ധിയാ ബുദ്ധി കൊണ്ട് പ്രകൃത്യാ ആത്മനാവാം പ്രകൃത്യാ പ്രകൃതി എന്ന് വെച്ചാൽ നമ്മളുടെ അവിദ്യാമണ്ഡലം അവിടെ ആത്മനാവ കരോമി യത് കരോതി യദ് അവനവന്റെ അനുസൃത സ്വഭാവ സ്വഭാവത്തിനനുസരിച്ച് എന്തെന്തൊക്കെ ചെയ്യുന്നുവോ അതൊക്കെ നാരായണായേത് സമർപ്പയേത് നാരായണന് ഞാനൊന്നും ചെയ്യണില്ല നമ്മളുടെ സംസാര ബന്ധനം എന്ന് നമ്മൾ പറഞ്ഞുവല്ലോ संसार बन मूल कारण या भोक्ता विचार याता या भोक्त अन्विक ईश्वर कर्तवर भोक्त आने की याद चमतल याता भोक्त आने या कर्म फलमें या अभविकेव കർത്തോക്തമിതി ദൃഢാ സംസാരഹേതു വിവേക ചൂടാമണിയിൽ ആചാര്യസ്വാമികൾ പറയുന്നു ബ്രഹ്മത്തിനെ കുറിച്ചൊക്കെ ചിന്തിച്ച് നല്ലവണ്ണം ബുദ്ധി കൊണ്ട് പോലും ഞാൻ കർത്താവാണോ ഭോക്താവാണെന്ന് പിടിവിടാതെ പിടിക്കൂ ആ വിദ്യ വസ്തുനി അപ്പി ബലവതി വാസന അനാതിരേഷ സംസാരൂന്നാണ് പ്രത്യവസതാ പ്രയത്ന മുക്തിഹമുനയോക്തി എന്ന് വെച്ചാൽ മുക്തി വാസനകൾ ക്ഷൈക്കലാണ് മുക്തി മുക്തിക്ക് വാസനകൾ ഉള്ളത്തോളം കർത്ത ഭോക്ത അഹമിതി അഹങ്കാരം വരാൻ പാടില്ല മമത വരാൻ പാടില്ല കർത്തൃത്വം വരാൻ പാടില്ല ഭോക്തൃത്വം വരാൻ പാടില്ല പ്രഭാഷണമൊക്കെ കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിയിട്ട് പതുക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്റെ പ്രഭാഷണം പ്രഭാഷണം നന്നായിരുന്നു വെച്ചാൽ സന്തോഷം അത് പറഞ്ഞതിന്റെ ആകപാഠ മഹാബോറായിരുന്നു അയ്യോ വിഷമായി നാളെ എങ്ങനെ നന്നാക്കണം എല്ലാം എന്റെ തലയിലാണ് ചുമതല അല്ലേ ഞാൻ കർത്താ ഭോക്താ പി അഹമിതി अर्तृत्व भोक्तृत्म चम वह वरू अज्ञान चम वह वरू दृढ़ संसार हेतु संसार हेतु एज्ञान याता या भोक्त भाव अद या कर्तवर कर्ता ईश्वर भोक्त വളരെ എളുപ്പമാണ് ശരണാഗതി ഈ ശരീരം ഭഗവാനെ അങ്ങയുടെ ആണ് ഈ മനസ്സ് ഭഗവാനെ അങ്ങയുടെ ആണ് ഞാൻ ഭഗവാനെ അങ്ങയ ഗുരുവായൂരപ്പൻ എന്റെ ഗുരുവായൂരപ്പനാണെങ്കിൽ കുറച്ച് വിഷമമുണ്ട് ഞാൻ ഗുരുവായൂരപ്പന്റെ ആയാൽ വിഷമമേ ഗുരുവായൂരപ്പൻ എന്റെ ആണെങ്കിൽ ഗുരുവായൂരപ്പനെ നോക്കുന്ന ചുമതല എനിക്ക് വരും ഞാൻ ഗുരുവായൂരപ്പന്റെ ആയാൽ എന്നെ നോക്കേണ്ട ചുമതല ഗുരുവായൂരപ്പന് പോകൂ ഏതാ രാമായണത്തിലെ രാമചരിത്രമാനസിൽ സുഗ്രീവ സഖ്യത്തിന് ഹനുമാൻ ഇറങ്ങിവന്നു രാമനോടും ലക്ഷ്മണനോടും പറഞ്ഞു നിങ്ങളെ ഞാൻ സുഗ്രീവന്റെ അടുത്ത് കൊണ്ടുപോവാ രാമൻ ചോദിച്ചു ഞാൻ എവിടെയിരിക്കണം ഒക്കത്തിരിക്കണോ പുറകെ ഇരിക്കണോ അപ്പൊ ആഞ്ജനേയസ്വാമി പറഞ്ഞു ഭഗവാനെ ഒക്കല് അങ്ങനെ വഹിക്കാനുള്ള ആ ഒരു സ്വാതന്ത്ര്യം ദശരഥനും കൌശല്യേക്കും ഉള്ളതാണ് അത് അവര് തന്നെ വെച്ചോട്ടെ അങ്ങേ ഒക്കല് വെച്ചാൽ അങ്ങേ നോക്കേണ്ട ചുമതല എനിക്ക് വരും പക്ഷെ അങ്ങ് പുറകെയിരിക്കുകയാണെങ്കിൽ കുതിര ഓടിക്കണ ആള് കുതിരേ എങ്ങോട്ട് തിരിച്ചാ കുതിരേ ഇങ്ങോട്ട് തിരിയും കുതിരയെ ഇങ്ങോട്ട് തിരിച്ചാൽ കുതിരെ നിർത്തിയാ കുതിരെ നിൽക്കും അറിയില്ല ഓടിക്കുന്ന ആളുടെ റെസ്പോൺസിബിലിറ്റിയാണ് യു വിൽ ബിക്കം ദ ഡ്രൈവർ അങ് എന്റെ പുറകെ ഇരുന്നാൽ അങ്ങ് എന്നെ ഓടിക്കും ഞാൻ ഓടണം അത്രേ ഉള്ളു എനിക്ക് യാതൊരു ചുമതലയും ഇല്ല റെസ്പോൺസിബിലിറ്റി ഇല്ല അതുകൊണ്ട് അങ്ങ് എന്റെ പുറകെ ഇരുന്നോള്ള ഞാൻ ഓടിക്കോടാം അപ്പൊ ഭഗവാൻ നമ്മളുടേതാവുന്നതിനും നമ്മൾ ഭഗവാന്റെതാവുന്നതിനും ഒരുപാട് വ്യത്യാസമുണ്ട് ഭഗവാൻ എന്റെയാണെന്ന് പറഞ്ഞാൽ ഭഗവാനെ ഞാൻ നോക്കണം ഭഗവാൻ കുറച്ച് കുറുമ്പൊക്കെ കാണിക്കും അപ്പോ അതൊക്കെ സഹിക്കേണ്ടി വരും പക്ഷെ ഭഗവാന്റെതായി തീർന്നാൽ നമുക്ക് കുറുമ്പ് കാണിക്കാം നമ്മളെ നോക്കേണ്ടത് ഭഗവാന്റെ ചുമതലയായിട്ട് തീരും സുന്ദരമൂർത്തിസ്വാമികൾ ശിവഭക്തന്മാരിൽ വളരെ പ്രസിദ്ധനായ സുന്ദരമൂർത്തിസ്വാമികൾ കുറെ കുറുമ്പ് കാണിച്ചു ഒരിക്കൽ ചങ്കിലി എന്ന് പറയുന്ന ഒരു ഭക്തയെ വിവാഹം കഴിക്കണം അദ്ദേഹത്തിന് ആഗ്രഹം വന്നു പൂർവ്വ സംസ്കാരം ആ വിവാഹം കഴിക്കാനുള്ള പ്രാരബ്ധ അദ്ദേഹത്തിന് ഉള്ളതുകൊണ്ടാണ് ജനിച്ചത് തന്നെ അപ്പോൾ പരമേശ്വരനോട് ചെന്ന് പറഞ്ഞു ഭഗവാനെ അവളെ എനിക്ക് വിവാഹം കഴിച്ചു തരണം അദ്ദേഹത്തിന് മുമ്പേ ഒരു വിവാഹം കഴിഞ്ഞതാണ് അതും ശിവൻ നടത്തിക്കൊടുത്തതാണ് അപ്പൊ ഈ സ്ത്രീയെ എനിക്ക് വിവാഹം കഴിക്കണം എന്ന് ശിവനോട് പറഞ്ഞു അപ്പൊ ശിവൻ ശങ്കുലിനാച്ചാരുടെ സ്വപ്നത്തിൽ ചെന്നിട്ട് പറഞ്ഞു സുന്ദരമൂർത്തി എന്റെ നീ അവനെ വിവാഹം കഴിക്കണം ഇവളും ഭക്തയാണ് ഇവൾ പറഞ്ഞു ഞാൻ അദ്ദേഹത്തിന് വിവാഹം കഴിച്ചാൽ അദ്ദേഹത്തിന് ഓൾറെഡി ഒരു വിവാഹം കഴിഞ്ഞു എന്നെ ഉപേക്ഷിച്ച് അവിടേക്ക് പോകും അപ്പോ ഞാൻ അനാഥയായിട്ട് തീരും അപ്പോ പരമേശ്വരൻ കുറുമ്പ് കാണിച്ചു പരമേശ്വരൻ പറഞ്ഞു അവനോട് സത്യം ചെയ്ത് വാങ്ങിക്കുക അങ്ങനെയാണെങ്കിലേ വിവാഹം കഴിക്കുള്ളൂ എന്നെ വിട്ടുപോകില്ലെങ്കിൽ വിവാഹം കഴിക്കാം ആട്ടെ അടുത്ത ദിവസം ഈ സ്ത്രീ സുന്ദരമൂർത്തിസ്വാമികളോട് പറഞ്ഞു എനിക്ക് സത്യം ചെയ്ത് തരണം ശ്രീകോവിലിന്റെ മുമ്പിൽ വെച്ച് സത്യം ചെയ്ത് തരികയാണെങ്കിൽ ഞാൻ വിവാഹം കഴിക്കാം സുന്ദരമൂർത്തിസ്വാമികൾക്ക് നിവൃത്തിയില്ല വിവാഹം കഴിക്കുക അർജ് അത് പൂർവ്വസംസ്കാരമാണ് പ്രാരബ്ധം പരമേശ്വരനോട് ചെന്ന് ഭഗവാനോട് ചെന്ന് പറഞ്ഞു ഭഗവാനെ എല്ലായിടത്തും നിറഞ്ഞിരിക്കളാണ് അങ്ങ് പക്ഷേ ഈ പ്രതിജ്ഞ ചെയ്യുമ്പോ ഈ ശിവലിംഗത്തിൽ ഇരിക്കാൻ പാടില്ല അടുത്തൊരു മകിഴ മരം കൊണ്ട് ആ മരത്തിന്റെ മുകളിൽ കയറിയിരിക്കുക ഭഗവാന് ഭക്തൻ പറഞ്ഞതൊക്കെ കേൾക്കണം ഓ ശരി എന്ന് പറഞ്ഞു അത്രേ ഭഗവാൻ ഭഗവാൻ ഈ ചങ്കിലിയുടെ സ്വപ്നത്തിൽ ചെന്ന് പറഞ്ഞു നാളെ അവൻ ശ്രീകോവില് പ്രതിജ്ഞ ചെയ്യാൻ വരുമ്പോ അവനോട് പറയണം ശ്രീഗോവിൽ മുമ്പിൽ വെച്ച് വേണ്ട മകിഴമരത്തിന്റെ ചുവട്ടിൽ പ്രതിജ്ഞ ചെയ്തു തരണം അടുത്ത ദിവസം ഈ സ്ത്രീ പറഞ്ഞു മകിഴമരത്തിന്റെ ചുവട്ടിൽ പ്രതിജ്ഞ ചെയ്തു ഭഗവാനെ കണ്ണുരുട്ടി ഉരുട്ടി നോക്കണു അത്രേ ഭക്തൻ നിർത്തിയില്ല പ്രതിജ്ഞ ചെയ്തു കൊടുത്തു വിവാഹം കഴിച്ചു പക്ഷേ അദ്ദേഹത്തിന് സംസാര ബന്ധം നിന്നില്ല വിവാഹം കഴിച്ചത് പൂർവ്വ പ്രാരബ്ദം ഒരാഴ്ചയോ രണ്ടാഴ്ചയോ നിൽക്കുമ്പോഴേക്കും തിരുവാരൂരിലുള്ള ഭഗവാനെ കാണണം എന്നുള്ള സാധാരണ ആളുകള് ലോകത്തിലുള്ള ആകർഷണം കാരണം സത്യലംഘനം ചെയ്യും ഭഗവാനെ വിടും പക്ഷെ ഇദ്ദേഹത്തിന് ഭഗവാനോടുള്ള ആകർഷണം കാരണം ഭാര്യയോടെ കൂടെ ജീവിക്കാൻ വയ്യ അദ്ദേഹത്തിന് രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും തിരുവാരൂരിലേക്ക് പോകണം ആകർഷണമായതുകൊണ്ട് നിവൃത്തിയില്ല സത്യലംഘനം ചെയ്യണമല്ലോ എന്നുള്ളൊരു വഷമോ ഒരു വശം മറ്റൊരു വശം തിരുവാൂരിലേക്ക് പോകാതിരിക്കാൻ വയ്യ സത്യലംഘനം ചെയ്തു ആ ബൌണ്ടറി കടന്ന ഉടനെ കണ്ണു രണ്ടും കാണാതായി അന്ധമായി കരഞ്ഞു ഭഗവാനോട് കാഞ്ചീപുരം വരെ ഒരു വടികൊടുത്തു ഭഗവാൻ തന്നെ ഒരു വടി കൊടുത്തു അദ്ദേഹത്തിന് വടിയും കുത്തി കാഞ്ചീപുരം വരെ വന്നു കാഞ്ചീപുരത്തിൽ അദ്ദേഹം ഒരു പതികം പാടിയിട്ട് ഭഗവാനോട് പറയണു ഭഗവാനെ ഒരു വലിയ ജമീന്ദാരുടെ വീട്ടില് ശാപ്പാട് നടക്കുന്നു നടക്കുമ്പോ രണ്ടു വലിയ അണ്ടാ നിറയെ ഒരു അണ്ടാവല് വെള്ളം ഒരണ്ടാവല് പാല് ആ പാചകകാരൻ വന്നു വെള്ളം നിറച്ച അണ്ടാവല് നോക്കി അതിലെ കുറെ പാറ്റകൾ കിടക്കുന്നു പുഴു കിടക്കുന്നു അയാൾ എന്ത് ചെയ്തു ആ അണ്ടാവും വെള്ളം മുഴുവൻ കൊട്ടിക്കളഞ്ഞു അടുത്ത അണ്ടാവെന്ന് പറയോ പാലാണ് അത് തുറന്നു നോക്കി അതിലും രണ്ടു മൂന്ന് പുഴുവോ പാറ്റയോ കിടക്കുന്നു അപ്പൊ ഇയാൾ എന്ത് ചെയ്തു ആ പാറ്റയും പുഴുവിനെയും എടുത്ത് കളഞ്ഞിട്ട് ദർഭയിട്ടു വെള്ളമായപ്പോ കൊട്ടിക്കളഞ്ഞു പാലായപ്പോ പുഴുവിനെ എടുത്ത് കളഞ്ഞിട്ട് പാലിനെ വെച്ചു സുന്ദരമൂർത്തി സ്വാമികൾ ഈ ഉദാഹരണം പറയാണ് ഭഗവാന്റെ അടുത്ത് ഭഗവാനെ ലോകത്തിനു പ്രധാനം കൊടുത്തുകൊണ്ട് ഭഗവാനെ ഉപേക്ഷിക്കുന്ന ഭക്തനുണ്ടല്ലോ അവൻ വെള്ളം പോലെയാണ് അവനിലൊരു ദൂഷ്യം കണ്ടാൽ വെള്ളത്തിനെ കൊട്ടിക്കളഞ്ഞ പോലെ അവനെ ഉപേക്ഷിക്കാം പക്ഷേ ഞാൻ പാൽ പോലെയുള്ള ഭക്തനാണ് ഭഗവാനുവേണ്ടി ലോകത്തിനെ ഉപേക്ഷിക്കാൻ സത്യലംഘനം ചെയ്ത് വന്നതാണ് അതുകൊണ്ട് എന്നെ കൊട്ടിക്കളയാൻ പാടില്ല എന്നിലുള്ള ദൂഷ്യത്തിനെ എടുത്തു എന്നെ സ്വീകരിക്കണം ആ പുഴുവെടുത്ത് കളഞ്ഞിട്ട് പാല് സ്വീകരിച്ച പോലെ എന്നെ സ്വീകരിക്കണം എന്ന് ഭഗവാൻ എന്നെ സ്വീകരിക്കണം ഭഗവാൻ ഉത്തരം മുട്ടിപ്പോകും ഇങ്ങനെയുള്ള ഭക്തന്മാരുടെ മുമ്പില് ഭഗവാൻ വീണ്ടും കണ്ണ് കൊടുത്തു സുന്ദരമൂർത്തി സ്വാമികൾക്ക് എന്നാണ് കഥ അപ്പോ ഭക്തൻ ഭഗവാന്റെതായി തീർന്നപ്പോ ഭക്തൻ കുറുമ്പ് കാണിച്ചാലും ഭക്തൻ ദൂഷ്യം കാണിച്ചാലും ആ ദൂഷ്യവും മാറ്റിവെച്ച ആ ഭക്തനെ തന്റെ വശത്തിൽ വെക്കേണ്ടത് ഭഗവാന്റെ ചുമതലയാണ് തതീയസ്ത്വം ശമ്പോ ഭവസി ഭവഭാരം ചവഹസി ഭഗവാൻ ആ ഭക്തന്റേതായി തീർന്ന് ഭക്തന്റെ സംസാര ഭാരത്തിനെ ഭഗവാൻ വഹിക്കുന്നു എന്നാണ് ഭക്തന് ചുമതലയേ ഇല്ല റെസ്പോൺസിബിലിറ്റി ഇല്ല കാറിൽ ബാക്ക് സീറ്റിൽ ഇരുന്ന് ഉറങ്ങുക എന്ത് വേണമെങ്കിൽ ഡ്രൈവർ നല്ല ഡ്രൈവറായിരുന്നാൽ മതി നമ്മള് ഡ്രൈവ് ചെയ്യുമ്പോൾ ഉറങ്ങാൻ പറ്റില്ല നമുക്ക് ഫുൾ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മൾ ബാക്ക് സീറ്റിൽ ഇരിക്കാണെങ്കിലോ സ്വതന്ത്രന്മാരാണ് അപ്പൊ ഭഗവാന് ശരണാഗതി ചെയ്താൽ കണ്ണു മൂടിക്കൊണ്ട് ഓടിയാൽ പോലും ഒരു സ്ഥലത്തും കാൽ തെറ്റി വീഴില്ല എന്നാണ് യാാനാസ്ഥ പ്രമാദ്യേത കർഹിചിദ്ധാവൻ നിമില്യവാനേത്രേ ന സ്ഖലേത് ന പതേരിഹ ഒരു സ്ഥലത്തും സ്ഖലിക്കില്ല വീഴില്ലാന്ന് ഇതാണ് ഭാഗവതധർമ്മം അപ്പൊ ഈ ഭാഗവതധർമ്മത്തിന്റെ വൈഭവത്തിനെ പറയാനായിക്കൊണ്ട് രാജാവ് വീണ്ടും ചോദിക്കുന്നു യോഗീശ്വരന്മാർ ഓരോരുത്തരായി ഭാഗവതധർമ്മത്തിനെ വർണ്ണിക്കുകയാണ് നമ്മള് ബാക്കി നാളെ കാണാം